സംസേശ്വരസമാരംഭാ ശ ഭക്ഷേപരോഗി ഭ എച്ചി നോർട്ടേ മഹാ ത്രയുവാനിശ്ചേന്ദ്രശ്ചാവതി പഞ്ചമ <coughs> സൈഷാ ആനന്ദ മീമാവധുവാധ്യ ആശിഷ്ടോ ദ്രിഷ്ടോ ബലിഷ്ടൃഥി സർ വി സേകോ മാനുഷനന്ദ Te e sadam anusha anandaha Sa ego manusha gandharvanam anandaha Srotriyasiya cha akamah dasya Te e sadam manusha gandharvanam anandaha Sa ego deva gandharvanam anandaha ധർമാനന്ദ്രോ തേ ശതം പിതൃ ചിരലോകലോക ോത്രയസാമേവാൻ അപ്പിയന്തി സനന്ദ്ര ോത്രേയഹദ <Shrotraise> േ ശതം പ്രജാതത്തെ സേകോബ്രഹനന്ദോത്രയസാമഹ സുരുഷേസോ ആദിത്യേ സേകം വിത് അസ്മാോകാൻ പ്രേത്യ തദപ്യശ്ലോകോ <Sessimitā> <Sessimitā> <Sessimitā> <Sessimitā> തദ് പരമാോത്രവ്യോ ബ്രഹ്മവിദാതി പരമതി നദ്ഭാപത്തിരനുപന്ന അവിതത്താദ്യ അപോഹർദാ ഹി ബ്രഹ്മവിദ്യ സ്വത്മപ്രാതിരുപദേശത്തെ സവിതമയാശേഷം അർത്ഥതവഗമ്യത്തെ വിദ്യ വിദ്യമാത്രം ആത്മപ്രാപ്തവും സാധനം ഉപദേശിക്ക് ആത്മവിദ്യയുടെ ഫലത്തെക്കുറിച്ച് പറയുന്നൂടെ ആത്മവിദ്യയുടെ ഫലം പ്രത്യക്ഷം ദൃഷ്ടം അത് പ്രത്യക്ഷമാണ് ഫലം എന്താണോ അവിദ്യാനിവൃത്തി അവിദ്യ നിവൃത്തി അവിദ്യക്കാരി നിവൃത്തി അജ്ഞാനം സംശയം വിപരീയം ഇതിന്റെ എല്ലാം നിവൃത്തി അതാണ് ആത്മവിദ്യ കഥ ഇതിനെക്കുറിച്ചുള്ള അജ്ഞാനമാണ് ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനം ആത്മാവിനെ സംബന്ധിച്ചുള്ള സംശയം ആത്മാവിനെ സംബന്ധിച്ച ഭ്രമം ഇതാണ് വിദ്യാ നിവൃത്തി ഉദ്ദേശിക്കുന്നത് ഇതാണ് പ്രത്യക്ഷമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആത്മവിദ്യ ഇതല്ലാതെ മറ്റ് ഫലങ്ങളൊന്നുമില്ല ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലങ്ങളൊന്നും ബാക്കിയുള്ള ഫലം കാര്യം നമ്മളിവിടെ പറഞ്ഞ പഞ്ചകോശ് അന്നം പ്രാണം മനസ് ബുദ്ധി ആനന്ദം ഇതെല്ലാം കാര്യമാണ് ഇത് ഫലമാണ് ഈ ഫലത്തിൻ്റെ നിവൃത്തിയാണ് അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലമൊന്നും ആത്മവിദ്യ കൊണ്ടുണ്ടാവില്ല പിന്നെ ഒന്ന് മാത്രമേ സംഭവിക്കൂ എന്താണ് പ്രത്യക്ഷമായ അജ്ഞാനം നിവൃത്തി ഭ്രമം നിവൃത്തി സംശയം നിവൃത്തി അതുകൊണ്ട് തച്ച ഇഹ വിദ്യ മാത്രം ആത്മപ്രാപ്തി സാധനം ഉപദേശിച്ചത് അതുകൊണ്ട് ഇവിടെ വിധംഷത്തിൽ ആത്മതത്വത്തെക്കുറിച്ച് പറയുന്നിടത്ത് ആത്മപ്രാപ്തിക്ക് സാധനമായിട്ട് വിദ്യയെ മാത്രമേ ഉപദേശിക്കുന്നുള്ളൂ ആത്മജ്ഞാനത്തെ ഉപദേശിക്കുന്നുള്ളൂ ഉപനിഷത്തിൽ കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു ഉപാസനങ്ങളെ കുറിച്ച് പറയുന്നു അനേക സാധനങ്ങളെ കുറിച്ച് പറയുന്നു ആ സാധനങ്ങൾ വ്യർത്ഥമെന്നല്ല പറയുന്നു കർമ്മകാണ്ടം വ്യർത്ഥമെന്നുണ്ടെ പറയുന്നു ഉപാസനകാണ്ടം വ്യർത്ഥമെന്നല്ല പക്ഷെ ആത്മപ്രാപ്തിക്ക് ഉള്ള ഉപായം വിദ്യ മാത്രം വിദ്യ കൊണ്ട് ആത്മപ്രാപ്തി മാത്രം ആത്മപ്രാപ്തിക്ക് വിദ്യ മാത്രം കാരണം ഇപ്പോൾ മറ്റ് കാര്യങ്ങൾ അവിടെ പറയുന്നതോ അതെല്ലാം വിദ്യ ഉത്പത്തിക്ക് അതെല്ലാം സഹായിച്ചേക്കാം സഹായിക്കാതെയും ഇരിക്കാം കർമ്മം തന്നെ കാമ്യ നിഷിദ്ധ കർമ്മങ്ങൾ വിദ്യാപ്രാപ്തിക്ക് വിഘ്നമായി വരാം ഉപാസനയും നിഷ്കാമകർമ്മവും വിദ്യാപ്രാപ്തിക്ക് ഉപായമായി വരാം പക്ഷെ ആത്മപ്രാപ്തിക്ക് ഈ ഒരു ഉപായങ്ങളും ഉപായമല്ല കേവലം വിദ്യ മാത്രം വിദ്യ എങ്ങനെ പ്രവർത്തിക്കുന്നു ആ വിദ്യയിലൂടെ ആ വിദ്യ അപ്പോ ആ പ്രാപ്തിയിൽ വിശേഷിച്ചൊന്നും സംഭവിക്കത്തില്ലേ വിശേഷിച്ച് എന്താണോ നമ്മൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് അതൊന്നും സംഭവിക്കത്തില്ല അവിദ്യ നിവൃത്തി വഴിക മറ്റൊന്നും സംഭവിക്കത്തില്ല എന്നാലും വിദ്യ പ്രാപിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യേകത വരേണ്ടതല്ലേ വിദ്യാപ്രാപ്തിയിൽ വിദ്യ പ്രാപിച്ച ആളിന് എന്തെങ്കിലും ഒരു നിരക്ഷണത ഒരു പ്രത്യേകത മറ്റുള്ളവരിൽ നിന്നും എടുത്തു കാണിക്കാനുള്ള എന്തെങ്കിലും ഒരു അടയാളം അത് വേണ്ടതല്ലേ അതാണ് അവിദ്യ എന്ന് പറയുന്നത് ഈ പ്രതീക്ഷ ഇതാണ് അവിദ്യ അപ്പോൾ ആവിദ്യ നശിക്കുന്നില്ല ആവിദ്യ നശിക്കാത്തത് കൊണ്ട് വിദ്യാ ഫലത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള സംശയങ്ങൾ വിദ്യാഫലത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആനന്ദം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റെന്തെങ്കിലും ദിവ്യമോ അടവുകയമോ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കേണ്ടേ അല്ലെങ്കിൽ പിന്നെ എന്താ വിദ്യയുടെ പ്രയോജനം ഇതൊക്കെ സംശയം ഇതൊക്കെ അജ്ഞാനം ഇത് നശിക്കുകയാണ് വിദ്യയുടെ പ്രയോജനം അപ്പം വിദ്യയിൽ വിദ്യാപ്രാപ്തിയിൽ എങ്ങനെയുള്ള വിദ്യ ഇവിടെ ഉപനിഷത്ത് നിർദ്ദേശിക്കുന്ന ആത്മവിദ്യയിൽ ആത്മാവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആത്മപ്രാപ്തിയെ സംബന്ധിച്ചുള്ള ഇത്തരം സംശയങ്ങളും അജ്ഞാനങ്ങളോ ഒന്നും നിലനിൽക്കുന്നില്ല അതാണ് ആരോപിത അനാത്മനോ അപോഹാർത്ഥ അതാണ് ഇതെല്ലാം എന്താണ് ആത്മവിദ്യ കൊണ്ട് ഇങ്ങനെ സംഭവിക്കണം മോക്ഷം ഇങ്ങനെയായിരിക്കണം ഇതെല്ലാം എന്താണ് കൽപ്പനകളാണ് ആരോപിതമാണ് ഈ ആരോപിതമായ ഇത്തരം വികൽപ്പങ്ങളുടെ അപ്പോഹം നിരാശം അതാണ് ആത്മപ്രാപ്തിയിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇവിടെ അതുകഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തെന്നാണ് ഓർമ്മ വെളിച്ചത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഇരട്ടിനെ മാറ്റുക എന്നുള്ളത് മാത്രം അതിനിടെ മറ്റൊന്നിനെ സൃഷ്ടിക്കാൻ കഴിയില്ല അതൊന്നും വെളിച്ചത്തിന്റെ ഫലമല്ല വെളിച്ചത്തിന് ചക്ഷേന്ദ്രിയവും വിഷയവുമായിട്ട് ഉള്ള സന്നികർഷം ബന്ധമുണ്ടാകുമ്പോൾ അവിടെ പല ദൃശ്യങ്ങളും നമുക്ക് അനുഭവപ്പെടുന്നു പല വർണ്ണങ്ങളും അനുഭവപ്പെടുന്നു പല രൂപങ്ങൾ അനുഭവപ്പെടുന്നു ഇതൊന്നും വെളിച്ചത്തിൻ്റെ ജോലിയല്ല വെളിച്ചം ഒന്നേ ചെയ്യുന്നുള്ളൂ എന്താണ് ഇരുളിനെ മാറ്റി അതിന് മാത്രമേ വെളിച്ചത്തിൻ്റെ ഫലമായിട്ടെടുക്കാൻ പറ്റൂ അപ്പോൾ വിദ്യയുടെ ഫലം എന്ന് പറയുന്നത് അജ്ഞാനത്തെ നിശ്ചയിക്കുക എന്നുള്ളത് മാത്രം മറ്റൊന്നുമില്ല ആ അവസ്ഥയെ പറയുന്ന കൂടെ എന്താണോ ആത്മപ്രാപ്തി എന്ന് പറയുന്നത് ആത്മാവ് മുമ്പ് ഇല്ലാതിരുന്നിട്ട് പ്രാപിച്ചു എന്നോ ആത്മാവിനെ പോയി പ്രാപിച്ചു എന്നോ ആത്മാവ് വന്നു ചേർന്നു എന്നോ ഒരർത്ഥമില്ല അത് പറഞ്ഞു അനാത്മനോ അപോഹാർത്ത അനാത്മത്തെ അനാത്മാവിനെ നിരാകരിക്കുക അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ് വിദ്യാഭ്യാസ ദുഷ്ടം കാര്യം ആ വിദ്യ എന്ന് വൃത്തി വിദ്യ മാത്രം ഉപദേശിച്ച ആത്മപ്രാപ്തിക്ക് വേണ്ടിവിടെ വിദ്യ മാത്രമേ ഉപദേശിക്കുന്നുള്ളൂ ജ്ഞാനം മാത്രമേ ഉപദേശിക്കുന്നുള്ളൂ തത്വമസി വിജ്ഞാനമാനന്ദം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി വിദ്യ മാത്രം മറ്റൊന്നും പറയുന്നു ഒരു തത്വം നിർദ്ദേശിക്കുന്നു അതിന് ഭാഷകാരൻ പറയും അത് വസ്തുതന്ത്രമാണോ എന്ന് പറയും കർത്തർ തന്ത്രമല്ല ഞാൻ ആഗ്രഹിച്ച് പ്രവർത്തിച്ച് നേടിയെടുക്കുന്ന ഒന്നല്ല ആത്മപ്രാപ്തി എന്റെ ഇച്ഛയ്ക്കും എൻ്റെ യജ്ഞത്തിനും കൂടെ യാതൊരു പ്രസക്തിയില്ല യാതൊരു സ്ഥാനമില്ല അതെല്ലാം മറ്റു പലതും നേടുന്നതിനാകാം അതുകൊണ്ടെല്ലാം അനുഷ്ഠിക്കേണ്ട മറ്റ് പല സാധനങ്ങളും ഉണ്ട് അതൊന്നും വർത്തമാല്ലേ പറയുന്നു ഇവിടെ രണ്ട് കാര്യങ്ങളെ പറയുന്നത് വിദ്യ മറ്റൊന്ന് ആത്മപ്രാപ്തി അത് വിരലിനെ വെളിച്ചം നീക്കുന്നത് പോലെയാണോ അത് എങ്ങനെയാണോ ആത്മസ്വരൂപം അത് അങ്ങനെ പ്രകാശിക്കുന്നു എങ്ങനെയാണ് ആത്മസ്വരൂപം സാക്ഷാത് അപരോക്ഷ സ്വയം അപരോക്ഷമായിരിക്കുന്നു അത് സ്വയം ജ്ഞാനസ്വരവുമായിരിക്കുന്നു അല്ലെങ്കിൽ സ്വയം അത് അനുഭവ സ്വരവുമായിരിക്കുന്നു നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അർത്ഥങ്ങളൊന്നും അവിടെയില്ല അ സ്വയം അനുഭൂതി സ്വരൂപമായിരിക്കുന്നു അതുകൊണ്ട് പിന്നെ രണ്ടാമത് ഒരു സാധ്യമല്ല അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭൂതി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആത്മപ്രാപ്തിയല്ല മറ്റെന്തിനേ പ്രാപിച്ചിരിക്കുന്നു അതിനെല്ലാം എന്താണ് ഇവിടെ യുക്തി പറയുന്നത് കാരണം ഇവിടെ യുക്തി എന്ന് പറയുന്നത് ഇവിടെ ഉപദേശിക്കുന്ന വിദ്യയാണ് ജ്ഞാനത്തെയാണ് ജ്ഞാനത്തിനെ സംബന്ധിച്ച് ആ ജ്ഞാനത്തെ നശിപ്പിക്കുക എന്നുള്ള അല്ലാതെ മറ്റൊന്നിനും ശേഷിയുള്ള ഒന്നല്ലാതെ മറ്റൊന്നും അതുകൊണ്ട് സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ വിരള് വെളിച്ചം നശിപ്പിക്കുകയും അവിടെ വസ്തുവിനുണ്ടാക്കുകയും ചെയ്തിന് അത് സംഭവിക്കുന്നില്ലല്ലോ അതിന് ഇരലിനെ നശിപ്പിക്കാൻ മാത്രമേ കഴിയുന്നു അതിനെ ഇവിടെ ചോദ്യം ചെയ്യുന്നു അതങ്ങനെ ശരിയാകും കാരണം മാർഗവിജ്ഞാന ഉപദേശപതൃത് ചെയ്ത് തദാത്മത്വേ തദാത്മത്വേ വിദ്യാ മാത്രസാധനോപദേശേ ഇത് എന്തുകൊണ്ട് ഈ ജ്ഞാനം ഉപദേശിക്കുന്നതുകൊണ്ട് നമ്മൾ സാറിനെ ചോദിക്കുന്ന ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ് അവിടെ മറ്റൊന്നും ചെയ്യാനില്ല എന്നുവെച്ചാൽ അവിടെ ചെയ്യുന്നവനും ചെയ്യുന്നവൻ്റെ ഇച്ഛയ്ക്കോ ചെയ്യുന്നവന്റെ പ്രവൃത്തിക്കോ ഒന്നും യാതൊരു സ്ഥാനവും ചെയ്യുക നമ്മൾ അതിനെ പറയുന്നതാണ് ഒരു സാധന പ്രത്യേകിച്ചൊരു സാധന അതില്ല എന്ന് പറയാൻ പറ്റത്തില്ല ജ്ഞാനം ഉപദേശിക്കുന്നു പക്ഷേ ആ ജ്ഞാനം കൊണ്ട് പല സാധനങ്ങളും ചെയ്യും എന്താണ് സാധനം ജപിക്കുകയോ ധ്യാനിക്കുകയോ സമാധി പരിശീലിക്കുകയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ജ്ഞാനം കൊണ്ട് ഞാനതിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ജ്ഞാനം ഉപദേശിച്ചത് കൊണ്ട് മറ്റൊന്നുമില്ല എന്ന് പറയുന്നത് ശരിയല്ല ണ്ടോ അയാൾ ഉപനിഷത്ത് പഠിച്ചു ജ്ഞാനിയായി ഇനി അയാൾക്കൊന്നും ചെയ്യണ്ടെന്നാ പറയുന്നു ഉപനിഷത്ത് പഠിച്ചു പിന്നൊന്നും ചെയ്യണ്ടേ പിന്നും ചെയ്യണ്ടേ ധ്യാനം അവിടെ വാസന ക്ഷയിക്കണം മനസ്സ് നശിക്കുന്നതിലൊക്കെ വേണ്ടേ വീണ്ടും പണിയെടുക്കണ്ടേ മാത്രം മതിയോ അല്ല ഒരു കാര്യം അയാൾ ഉപനിഷത്ത് പഠിച്ചു അത് ശരിയാണോ പക്ഷെ ഇവിടെ പറയുന്ന വിദ്യാലാഭം അയാൾ അത് ഒരു മുഖ്യമായ പ്രശ്നമാണ് വിദ്യാലാഭം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിദ്യയെ നശിപ്പിക്കുന്ന പ്രകാശിച്ചോ ഉപനിഷത്തിൽ നിന്ന് ഏതൊരു അയാൾ പ്രകാശത്ത് ആ വിദ്യ കൊണ്ട് അയാളുടെ അജ്ഞാനം നശിച്ചോ അജ്ഞാനം നശിച്ചെങ്കിൽ പിന്നീടൊന്നും ചെയ്യാൻ ജപവും ധ്യാനവും ആത്മപ്രാപ്തിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറയുന്നു എനിക്ക് നാടിനെ നന്നാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആവാം ഭക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണോ അതുമാവാം പക്ഷെ ആത്മപ്രാപ്തിക്ക് വേണ്ടി വിദ്യാപ്രാപ്തിയിൽ പിന്നൊന്നും ചെയ്യാനായി അപ്പോൾ ഒരാൾ ഉപനിഷത്ത് പഠിച്ചു പറയുന്നു അയാൾ ഉപനിഷത്ത് പഠിച്ചിട്ടും അയാൾ അജ്ഞനായിത്തന്നെ അജ്ഞനെപ്പോലെ അയാൾ ജീവിക്കുന്നു പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ജ്ഞാനം നിഷ്പ്രയോജനമാണ് കാരണം ഞാനും അയാളുടെ ഒരു മാറ്റവും അയാൾ പഴയാൾ തന്നെ പണ്ടാളും മോശമായിരുന്നു പുനിഷത്ത് പഠിച്ചതിനു ശേഷം മഹാമോശമായി ഒരു വ്യത്യാസം ഉപനിഷത്ത് അയാൾക്ക് വിദ്യയെ പ്രധാനം ചെയ്തോ എന്നുള്ളതാണ് ഉപനിഷത്ത് പഠിച്ചോ പഠിച്ചില്ലേ എന്നുള്ള പ്രശ്നം ആത്മവിദ്യ അയാൾ പ്രകാശിച്ചോ അഭിജ്ഞാത പരേതത്വേ ശാസ്ത്രാധീതിഷ്ഫല ഉപനിഷത്ത് അധ്യയനം നിഷ്ഫലമായി കാണുന്നുണ്ട് എന്തുകൊണ്ടവിടെ വിദ്യ പ്രകാശിക്കുന്നില്ല വിദ്യ ാണ് പരിശോധിക്കുക അതെങ്ങനെയാണ് വിദ്യപ്രാപ്തം എന്താ അതിൻ്റെ അടയാളം നമ്മളെ ചോദ്യങ്ങളെല്ലാം ഒരിക്കലും നമ്മെ സംബന്ധിച്ചല്ല സ്വാമിയെക്കുറിച്ചാണ് സ്വാമിക്ക് വിദ്യയുണ്ടെങ്കിൽ പിന്നെ എന്താ അടയാളം സ്വാമിയുടെ വിദ്യയ്ക്ക് ഉള്ള അടയാളം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കിട്ടത്തില്ല എന്തുകൊണ്ട് വിദ്യയുടെ ഫലമെന്ന് പറയുന്നത് സ്വാമിയിലാണ് കാണേണ്ടത് എന്താണ് വിദ്യാനാശം ആ വിദ്യാനാശം വേറെ ആൾക്കെങ്ങനെ ബോധ്യപ്പെടും അപ്പോൾ വിദ്യാപ്രാപ്തി വിദ്യയുടെ ഫലം ഒരാൾ ഗുരുക്കിനും വേറെ ആ ബോധ്യപ്പെടുത്താൻ സാധ്യമുണ്ട് ഒരു ഗുരുവിനും ഒരു ശിഷ്യനെയും ബോധ്യപ്പെടുത്താൻ സാധ്യമുണ്ട് എന്തുകൊണ്ട് ശിഷ്യനിൽ അജ്ഞാനം ഇരിക്കുന്നു ഗുരുവിൽ അജ്ഞാനനാശം സംഭവിച്ചു അജ്ഞനായിരിക്കുന്ന ശിഷ്യന ഗുരു എങ്ങനെയാണ് സ്വന്തം അജ്ഞാനനാശത്തെ ബോധ്യപ്പെടുത്തുന്നത് ബോധ്യപ്പെടുത്താനും കഴിയില്ല ബോധ്യപ്പെടാനും കഴിയില്ല ആ ഗുരുവിൻ്റെ പല മഹത്വങ്ങളും നമുക്ക് മനസ്സിലാകും അജ്ഞാനനാശം ഒഴികെയുള്ള മഹത്വം ഗുരുവിൻ്റെ ധർമ്മനിഷ്ഠ ഗുരുവിൻ്റെ ദിവ്യത്വം ഗുരുവിൻ്റെ അലൗകികമായ ഭാവങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഗുരുവിനെ സംബന്ധിച്ചൊരു ശിക്ഷന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഗുരുവിൻ്റെ ആത്മപ്രാപ്തി അവിദ്യ നാശം അത് ശിഷ്യന് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് തന്നിൽ അജ്ഞാനം ഇരിക്കുമ്പോൾ ഗുരുവിൻ്റെ അജ്ഞാനനാശത്തെ തിരിച്ചറിയാൻ കഴിയത്തില്ല അത് സംഭവിക്കുന്നതെന്ത് വേണം സ്വയം തന്നിൽ അജ്ഞാനനാശം സംഭവിക്കും അപ്പോൾ ശിഷ്യന് സംശയം തന്നിൽ അജ്ഞാനനാശം വന്നോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതാണ് ശരിയായ ആത്മവിദ്യ അല്ലെങ്കിൽ ആത്മവിദ്യയിൽ ഇത്രമാത്രം മതിയോ ഇതാണ് അജ്ഞാനം ഈ ചോദ്യങ്ങളാണ് അവിടെ അജ്ഞാനനാശം സംഭവിക്കുന്നില്ല സംശയം ഇല്ലാതാകുന്നില്ല അപ്പോൾ ശിഷ്യനിൽ ചോദ്യങ്ങളുണ്ട് തന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗുരുവിനെ സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ട് ഗുരുവിൽ ജ്ഞാനമുണ്ടോ ഗുരുവിൽ അജ്ഞാനനാശം സംഭവിച്ചോ ഇത് ശിഷ്യന്റെ അജ്ഞാനത്തിന്റെ തെളിവാണ് ശിഷ്യന്റെ അജ്ഞാനത്തിന്റെയും സംശയത്തിന്റെയും അടയാളങ്ങളാണ് അപ്പോ ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ അജ്ഞാനത്തിന്റെയും സംശയങ്ങളുടെയും അടയാളങ്ങൾ കിട്ടും തന്നെ തന്നെ കിട്ടും തന്റെ അനുഭവത്തിൽ കിട്ടും ഗുരുവിന്റെ അജ്ഞാനനാശത്തെ ജ്ഞാനപ്രാപ്തിക്കോ അടയാളം ശിഷ്യന് കിട്ടത്തില്ല ഭാഷ പാരമ്പര്യം എന്താണ് സ്വാനുഭവത്വ അത് സ്വാനുഭവമാണോ പരന്റെ അനുഭവം ഒരിക്കലും സ്വാനുഭവമാകത്തില്ല സംഭവിക്കുന്നില്ല അതുകൊണ്ട് വിദ്യയുടെ ഫലം എന്താണോ ദൃഷ്ടം ഇവിടെ പറഞ്ഞത് അത് പ്രത്യക്ഷമാണോ വിദ്വാനിൽ അത് പ്രത്യക്ഷമാണോ ശിഷ്യനെ സംബന്ധിച്ച് അത് നിരന്തരം സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടേ അതുകൊണ്ട് ഉപനിഷത്ത് പഠിച്ചതിന് ശേഷവും ഒരാൾ അജ്ഞനായിരിക്കുന്നു എന്ന് നമുക്ക് ഞാനെക്കുറിച്ചും പറയാം ഞാനെക്കുറിച്ചും പറയാം ഞാനെക്കുറിച്ചും പറയാം എന്തുകൊണ്ട് ഉപനിഷത്ത് പഠിച്ചതിനു ശേഷം ശിഷ്യൻ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങളൊന്നും അയാളെ കാണുന്നില്ല അതുകൊണ്ട് പറയാം അയാൾ പഴയതുപോലെ തന്നെ ഇനി ഉപനിഷത്ത് പഠിക്കുന്നത് കൊണ്ട് അയാൾക്ക് വിദ്യാപ്രാപ്തി ഉണ്ടായി ഇതിന്റെ പുരളെന്താണെന്ന് പിടികിട്ടില്ല അയാൾ അജ്ഞനായി തന്നെ തുടരുന്നു അതുകൊണ്ടും പറയാം വംശത്ത് പഠിച്ചിട്ടും അയാൾ ജ്ഞാനിയായില്ല എന്ന് പറയാം ഇതിന് പറയുന്നവൻ്റെ പ്രമാണമൊന്നുമില്ല എല്ലാം അജ്ഞന്റെ കൽപ്പനകളാണ് ഇതെല്ലാം ജ്ഞാനിയെ സംബന്ധിച്ചും ജ്ഞാനത്തെ സംബന്ധിച്ചും എല്ലാം അജ്ഞന്റെ കൽപ്പനകൾ അതുകൊണ്ടിവിടെ വീണ്ടും ചോദിക്കുകയാണ് അങ്ങനെ ഒരു അജ്ഞനായ ശിഷ്യൻ ചോദിക്കുകയാണ് ശരി ജ്ഞാനം മാത്രമേ ഇവിടെ ഉപദേശിച്ചിട്ടുള്ളൂ മറ്റൊരു സാധനം കൂടെ ആത്മപ്രാപ്തിക്ക് വേണ്ടി ഉപദേശിക്കുന്നുണ്ടാവ അതുകൊണ്ട് ജ്ഞാനം പ്രാപിക്കുന്നു അജ്ഞാനം നശിക്കുന്നു അയാൾ മുക്തനായി എന്ന് പറയാൻ കഴിയുമോ ജ്ഞാനം തന്നെ പല വിധത്തിലും കാണുന്നുണ്ടല്ലോ എങ്ങനെ മാർഗവിജ്ഞാന ഉപദേശവത് മാർഗവിജ്ഞാനോപദേശം പോലെ ഇപ്പോൾ ഒരാൾക്ക് ഹിമാലയത്തിലേക്ക് പോകണം ഹിമാലയത്തിൽ പോകണമെങ്കിൽ എന്താണോ കാലനിടയായിട്ടാണ് പോകുന്നത് അന്ന് കാറും ട്രെയിനും ഒന്നുമില്ല വഴി പറഞ്ഞു കൊടുക്കുന്നു ഇന്ന സ്ഥലത്ത് പോവുക അവിടെ നിന്ന് ഇന്ന പോവുക ഹരിദ്വാറിലേക്ക് പോവുക ഋഷികേശിലേക്ക് പോവുക അങ്ങനെ ഹിമാലയത്തിലേക്ക് പ്രവേശിക്കുക വഴി പറഞ്ഞു കൊടുക്കുന്നു ഇതെന്താണോ അത് കേവലം വിദ്യ ഉപദേശമാണ് ഈ വിദ്യ ഉപദേശം എന്ന് പറയുന്നത് ഒരു മാർഗമാണ് എന്നുവെച്ചാൽ അവിടെ ഇത് കേട്ടിട്ട് അയാൾ വീട്ടിൽ ഇരുന്നാൽ ഹിമാലയത്തിൽ എത്തത്തില്ല ഇവിടെ ചോദിക്കുന്നതാണ് ചോദ്യം ചോദിക്കുന്നതാണ്ട് യുക്തി അതാണ് നമ്മുടെ ഈ മനസ്സിലുള്ള ധാരണകൾ എങ്ങനെയാണ് എന്താണ് ഹിമാലയത്തിലേക്കുള്ള വഴി പറഞ്ഞുകൊടുത്തു പോകേണ്ടവൻ അതെല്ലാം കേട്ട് മനസ്സിലാക്കി അയാൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നു എന്നു വെച്ചാൽ ആ മാർഗവിജ്ഞാനത്തിന് ശേഷം അയാളൊന്നും പ്രവർത്തിക്കുന്നില്ല അയാൾ ഒരിക്കലും ഹിമാലയത്തിൽ എത്തത്തില്ല അതുകൊണ്ടൊരു വിജ്ഞാനം ഒരറിവ് ഉപദേശിച്ചാലും അവിടെ അനുഷ്ഠിക്കേണ്ടതായി പലതും ഉണ്ട് ചോദ്യമുള്ളൊരു വ്യക്തിയുക്തമാണ് ദൃഷ്ടാന്തമനുസരിച്ച് ഉദാഹരണമനുസരിച്ച് പിന്നെ ചെയ്യേണ്ടതായി പലതും ഹിമാലയത്തിൽ പോകാൻ അയാൾ തയ്യാറാവണം അയാൾ നടക്കണം ഒരുപാട് കഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിക്കണം അങ്ങനെ സഹിച്ചു വേണം ഹിമാലയത്തിലെത്താൻ അതുപോലെ ആത്മവിദ്യ ഗുഡുപദേശിക്കുന്നു ആത്മവിദ്യ ഗ്രഹിക്കുന്നു ഗ്രഹിച്ചതിന് ശേഷം അയാൾ ധ്യാനിക്കണം ഉപാസിക്കണം കഷ്ടപ്പെടണം ൾ അനുഷ്ഠിക്കണം ഇതെല്ലാം ചെയ്തിട്ടല്ലേ പിന്നീട് ആത്മപ്രാപ്തി ഉണ്ടാകുന്നത് അതായത് ആത്മവിദ്യയും ആത്മപ്രാപ്തിയും തമ്മിൽ ഒരു കാലവിളംബം വരും അല്ലെങ്കിൽ യത്നവിളംബം വരും എന്നുവെച്ചാൽ ഒരുപാടൊക്കെ അനുഷ്ഠിച്ച് പിന്നെ അത് എടുക്കാനുണ്ട് അത് നേടാനുണ്ട് അത് കാല വിളംബം യത്നവിളംബം എന്നുവെച്ചാൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതല്ലേ ശരി അങ്ങനെയല്ലേ ഇത് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ആത്മവിദ്യ ഉപദേശിക്കുന്നു ആത്മപ്രാപ്തി ഉണ്ടാകുന്നു ഉടൻ ഇത് എന്ന് പറഞ്ഞാൽ ഇതങ്ങനെ ശരിയാകും ചോദ്യമാണ് കാരണം മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് ലൗകികമായ ദൃഷ്ടാന്തങ്ങളിൽ കുടുങ്ങിക്കിടങ്ങുന്നതാണ് അപ്പം ആ ദൃഷ്ടാന്തങ്ങൾക്കനുസരിച്ച് തത്വത്തെ പറഞ്ഞ് മനസ്സിലാക്കിയാലേ അത് മനസ്സിലാകത്തു ഈ ദൃഷ്ടാന്തത്തെ ഇത് വിശദീകരിക്കുന്ന ഇതിങ്ങനല്ല എന്ന് മനസ്സിലാക്കണം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാനല്ല പറയുന്നതിന്റെ താല്പര്യം എന്താണ് ഇത് മാർഗവിജ്ഞാന ഉപദേശം പോലെ അല്ല അപ്പോ നമ്മൾ ഉപംശത്ത് ശ്രവിക്കുന്നു ശ്രവിച്ചതിന് ശേഷം ആത്മാവ് എന്താണെന്ന് മനസ്സിലായി ശരീരം മനസ്സുദ്ധി പഞ്ചകോശങ്ങൾ മാത്രമാണ് ആത്മാവ് പിന്നെ ഉപനിഷത്തിൽ പറയുന്നു ആത്മാവ് തന്നെയാണ് പരമാത്മാവ് സർവവ്യാപിയായെങ്കിലും ഇത് മനസ്സിലാക്കി ഉപനിഷത്തെ ശ്രവിച്ചു ഇത് മറന്നുപോയി വീണ്ടും ഇതിനോർമ്മിക്കാൻ വേണ്ടി ഇതിനെയൊക്കെ ഓർമ്മിക്കുന്നു ധ്യാനിക്കുന്നു അവിടെ യത്നാന്തരം ഇത് മാർഗവിജ്ഞാനത്തെ പോലെയാണ് ഉപനിഷ ശ്രവണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണ്ടേ മനനം വീധ്യാസനം യത്നം അവിടെ തുടർന്നു പോകുന്നു അപ്പോൾ ആത്മവിദ്യ ആത്മപ്രാപ്തി ഇതിനിടങ്കിൽ മറ്റൊന്നുമില്ല എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും അവിടെ പലതും വേണ്ടതാണല്ലോ മാർഗവിജ്ഞാനോപദേശപ സ്ഥിതി ചെയ്ത് തദാത്മത്വേ ഇവിടെ എന്താണ് വേണ്ടത് ആത്മപ്രതിഷ്ഠ ആത്മനിഷ്ഠ അതാണല്ലോ വേണ്ടത് ഇപ്പോ ശരീര ബോധത്തിലിരിക്കുന്നു ഇത് പോകണം അല്ലെങ്കിൽ പ്രാപഞ്ചിക ബോധത്തിലിരിക്കുന്നു ഈശ്വരബോധമില്ല ഇത് മാറണം തന്നിഷ്ഠ കഥാമത്വം അതിന് വിദ്യ മാത്ര സാധനം ഉപയോഗ ദേശം അഹേതു അതിന് വിദ്യ മാത്രമാണ് മറ്റൊരു സാധനമില്ല അത് കാരണമാകത്തില്ല മറ്റു പലതും കൂടെ ചെയ്യാനും ധ്യാനിക്കണം ജപിക്കണം പ്രാർത്ഥിക്കണം ഭജിക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് അതില്ലാതെ കേവലം എങ്ങനെ വിദ്യ ഉപദേശിച്ചു ആത്മപ്രാപ്തി ഉണ്ടായെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും നമ്മൾ തന്നെ ചെയ്തു സത്സംഗം ശ്രവിക്കുന്നു ശ്രവിച്ചൊക്കെ മറക്കുന്നു വീണ്ടും കാസറ്റോ ഒക്കെ ഇട്ട് കേൾക്കുന്നു വീണ്ടും ഉറക്കം വരുന്നു ഉറങ്ങുന്നു ധ്യാനിക്കുന്നു എന്തെല്ലാം അഭ്യാസങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കേവലം വിദ്യ ഇതുകൊണ്ട് എങ്ങനെ സാധിക്കും കസ്മാ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞെങ്ങനെ ശരിയാകും ദേശാന്തരപ്രാപ്തവും മാർഗവിജ്ഞാനവും ഉപദേശ ദർശന എന്തെങ്കിലും ഒരു ലക്ഷ്യത്തെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ ലക്ഷ്യമാണെങ്കിലും അതിന് യത്മാവശ്യമാണ് കേവലം ഉപദേശം കൊണ്ട് പറ്റത്തിന് അല്ലേ നീന്തൽ പഠിക്കുന്ന കണ്ടെടുത്ത് നീന്തലിനെ കുറിച്ചെല്ലാം ഉപദേശിച്ചു കൊടുത്താൽ നീന്താൻ പറ്റും അവർക്കത് പരിശീലിക്കണം പോയി അതുപോലെ ഇവിടെയും വേണ്ട അഭ്യാസങ്ങൾ ദേശാന്തരപ്രാപ്തവും മാർഗവിജ്ഞാന ഉപദേശ ദർശനവും വേറെ സ്ഥലത്ത് പോകണമെങ്കിൽ ഒരാളിൽ നിന്ന് വഴി മനസ്സിലാക്കണം വഴി മനസ്സിലാക്കിയിട്ട് അയാൾ സ്വയം നടക്കണം അപ്പോൾ യത്നം ജ്ഞാനത്തിന് ശേഷം യത്നം പ്രവൃത്തി ആവശ്യമാണ് അപ്പം വിദ്യ മാത്രമേ ഇവിടെ ഉപദേശിച്ചിട്ടുള്ളതും അതുകൊണ്ട് പ്രവൃത്തി ആവശ്യമില്ലെന്നാണ് സിദ്ധാന്തി പറയുന്നത് പൂർവക്ഷ അതല്ല വിദ്യ മാത്രം ഉപദേശിക്കുന്നതും പ്രവൃത്തി ആവശ്യമാണ് ഇത് പൂർവോക്ഷമാണ് സിദ്ധാന്തമാണ് തലതിരിച്ച് മനസ്സിലാക്കരുത് അത് വളരെ വ്യക്തമായ ഉദാഹരണം പറയുന്നു ഹിമാലയത്തിൽ പോകണമെങ്കിൽ അവിടെ ഉപദേശിക്കുന്ന ആള് കേവലം ജ്ഞാനം മാത്രമാണ് പകർന്നുകൊടുക്കുന്നത് ഇന്ന ഇന്ന ഇന്ന വഴിയിലൂടെ പോകണം അവിടെ പോയാൽ തണുപ്പായിരിക്കണം മലകയറണം കേവലം ജ്ഞാനം മാത്രം പക്ഷെ ആ ജ്ഞാനപ്രാപ്തിക്ക് ശേഷം അത് യത്നിക്കേണ്ടി വരുന്നു ഇവിടെ സിദ്ധാന്തി എന്താണ് പറയുന്നത് എവിടെയാണോ വിദ്യ ഉപദേശിക്കുന്നത് അവിടെ എന്നതിന്റെ ആവശ്യമില്ല അതിന് നേരത്തെ നമ്മൾ ദൃഷ്ടാന്തം പറയും എവിടെയാണോ വെളിച്ചം പ്രകാശിക്കുന്നത് അതായത് ഇരുട്ടിനെ നശിപ്പിക്കും വിളക്ക് കൊള്ളുകൊണ്ടുവരുക പിന്നീട് അവിടെ ഇരുട്ടിനെ മാറ്റാൻ വേണ്ടി കോരി മാറ്റാൻ വേണ്ടി കൊട്ടയും പട്ടിയും ഒക്കെ ആയിട്ട് വരേണ്ട ആവശ്യമില്ല വെളിച്ചം മാത്രം മതി ഇത് സിദ്ധാന്തി പറയും ക്ഷുന്ന അതല്ല വിജ്ഞാനത്തിന് ശേഷം പ്രവൃത്തി ആവശ്യമുണ്ട് എന്താ പ്രവൃത്തി പറയും ധ്യാനിക്കണം എന്തുകൊണ്ട് ഗുരാമേവ ഗന്ധ അതിന് കാരണമുണ്ട് കാരണം മുമ്പ് പറഞ്ഞല്ലോ ഒരു ലക്ഷ്യം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അറിവിനോടൊപ്പം യജ്ഞവും ആവശ്യമാണ് ഇവിടെ പറയുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ജീവന്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനപ്പുറം ലക്ഷ്യമില്ല ആത്മപ്രാപ്തി ഈശ്വരപ്രാപ്തി ഇവിടെയുള്ള ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ പ്രാപിക്കുന്നതിന് പോലും യത്നം ആവശ്യമുണ്ടെങ്കിൽ ഉദാഹരണം പറയുന്നു എൻ്റെ ഗ്രാമത്തിലേക്ക് പോകണം എന്ന് ഉപദേശിച്ചു കൊടുത്താൽ എന്താണ് അവിടെ പോകുന്നതിന് അവിടെ എത്തിച്ചേരുന്നതിന് യത്നമാവശ്യം എന്തുകൊണ്ട് ഗ്രാമം ദൂരെയാണ് പോകുന്നവൻ ദൂരെയാണ് ഗ്രാമവും പോകുന്നവനും ഒന്നല്ല രണ്ടാണോ ഇവിടെ സിദ്ധാന്തത്തിന്റെ രഹസ്യം പൂർവക്ഷിയെ കൊണ്ട് തന്നെ പറയുകയാണ് ഭക്ഷ്യകാലം പലയിടത്തും അങ്ങനെ ചെയ്യും പറഞ്ഞു പറഞ്ഞ് സിദ്ധാന്തിയെ കൊണ്ട് പൂർവക്ഷിയെ കൊണ്ട് സിദ്ധാന്തം പറയും ഗ്രാമത്തെ ഹിമാലയത്തെക്കുറിച്ച് പറയുന്നിടത്ത് അറിവിന് ശേഷം പ്രവൃത്തി എന്തുകൊണ്ട് ആവശ്യമായി വരുന്നു കാരണം ഹിമാലയം വേറെ പോകുന്നവൻ അതുകൊണ്ട് അറിവിന് ശേഷം അവിടെ പ്രവൃത്തിയുണ്ട് നടക്കണം നഹി ഗ്രാമൈവഗന്ധ പോകുന്നവനുള്ള ഗ്രാമം യാത്രക്കാരനുള്ള ഗ്രാമം ഒന്നല്ല രണ്ടാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് തന്നെ ദ്വൈതാത്മകമാണ് പ്രപഞ്ചത്തിലെ സർവ വ്യവഹാരങ്ങളും മാനസികം കായികം വാചികം സർവവ്യവഹാരങ്ങളും ദുരിതത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ എല്ലാ ലക്ഷ്യവും ദുരിതത്തെ എല്ലാ സാധനങ്ങളും ദുരിതത്തെ ആശ്രയിച്ചിട്ടാണ് ആ സാധനങ്ങൾ അനുഷ്ഠിക്കുന്ന കർത്താവ് ജീവൻ ദുരിതത്തെ ആശ്രയിച്ചാണ് അതുകൊണ്ട് ഏത് ദൃഷ്ടാന്തമെടുത്താലും നമുക്കിതേ കിട്ടത്തുള്ളൂ എന്താണ് ലക്ഷ്യം വേറെ അതിനെ പ്രാപിക്കുന്നവൻ വേറെ സർവത്ര അങ്ങനെയാണ് അതുകൊണ്ട് മാർഗദർശനത്തെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്ന യുക്തി തന്നെ നിങ്ങളുടെ യുക്തികളെല്ലാം ദൃഷ്ടാന്തത്തിന് ദാഷ്ടാന്തികമായിരിക്കുന്ന ആത്മതത്വത്തിന് ഇതൊന്നും ചേരത്തില്ല എന്തുകൊണ്ട് ഇവിടെ ദൈതമുണ്ട് ഗ്രാമം വേറെ ഗന്ധാഗം വേറെ ശരി പറയുന്നത് ശരിയാണ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ പോയി ഒരാത്മാവിനെ പ്രാപിക്കുക എന്ന് ശ്രുതി ഉപദേശിക്കുകയാണെങ്കിൽ ഈ പറയുന്നൊക്കെ ശരിയാണ് ആ ആത്മാവിനെ പ്രാപിക്കുന്നതിന് വേണ്ടി ഈ ആത്മാവ് കുറെ പണിയെടുക്കണം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ന എന്തുകൊണ്ട് വൈദ്യണ്ട് കാര്യങ്ങളാണ് രണ്ടു കാര്യങ്ങളാണ് എന്താണ് ഇവിടുത്തെ വ്യത്യാസം ഒന്ന് ഹിമാലയം വേറെ പോകുന്നവന് വേറെ അപ്പൊ പോകുന്നവന് ഹിമാലയത്തിലേക്കുള്ള വഴികളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു അവനത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു രണ്ടാമത്തെ എന്താണ് തത്ര ഈ ഗ്രാമവിഷയം വിജ്ഞാനം എന്ന് ഉപദേശത് തത്പ്രാപ്തി മാർഗ വിഷയമേ ഉപദിച്ചത് ഇവിടെ എന്താണ് ഒരാൾക്ക് ഹിമാലയത്തിൽ എത്തിച്ചേരണം അതിനാണ് അയാൾ ഹിമാലയത്തിൽ പോയിട്ടുള്ള ഒരാളോട് ചോദിക്കുന്നത് ഹിമാലയത്തിലേക്ക് പോകേണ്ട വഴി എന്താണ് ഹിമാലയത്തിലേക്ക് പോകേണ്ട വഴി ചോദിക്കുമ്പോൾ അയാൾക്ക് അയാളോട് ഹിമാലയത്തെക്കുറിച്ച് വന്നിച്ചിട്ട് വല്ല കാര്യമുണ്ട് ഹിമാലയം ആനയാണ് കുതിരയാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമല്ല മറിച്ച് എന്ത് പറയണം ഹിമാലയത്തിലേക്കുള്ള വഴിയെക്കുറിച്ച് വന്നിട്ടുണ്ട് വഴി ഏത് ഭാഗത്തു കൂടിയാണ് പോകുന്നത് വഴിയിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ തടസ്സങ്ങളുണ്ട് എത്ര നദിയെ മറികടക്കണം എത്ര മല കയറി ഇറങ്ങണം എത്ര വനം മറികടക്കണം ഇത്തരം വിഷയങ്ങൾ മാർഗ വിഷയം വഴി ചോദിക്കുന്നവനോട് വഴിയെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത് ഹിമാലയത്തെക്കുറിച്ചല്ല പറഞ്ഞിട്ട് അവന് പ്രയോജനമില്ല ഹിമാലയത്തെക്കുറിച്ച് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം ഹിമാലയം എന്തെന്ന് മനസ്സിലാക്കാം പോകാത്തതിന് പറഞ്ഞു കൊടുക്കും പക്ഷെ ഹിമാലയത്തിലേക്കുള്ള വഴി ചോദിക്കുന്നവന് ഹിമാലയത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ട് കാര്യമില്ല മനസ്സെന്താണോ വഴിയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് തത്ര ഹീ ഗ്രാമ വിഷയം വിജ്ഞാനന് ഉപദേശില്ലേ ഗ്രാമത്തിലേക്ക് വഴി ചോദിക്കുന്നവന് ഗ്രാമത്തെക്കുറിച്ച് വർണ്ണിക്കുകയല്ല ചെയ്യുന്നത് തത്പ്രാപ്തി മാർഗ വിഷയമേ ഉപദേശിത് മറിച്ച് എന്താ ചെയ്യുന്നത് അവിടെ എത്തിച്ചേരുന്നതിനുള്ള ആ മാർഗത്തെ കുറിച്ചാണ് ഉപദേശിച്ചത് വിജ്ഞാനം തത്പ്രാപ്തി മാർഗ വിഷയമേ ഉപദേശിത് വിജ്ഞാനം എന്ന തഥാ ഇവിടെ അങ്ങനെയല്ല ഉപമകളിലൂടെ കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും വൻ അബദ്ധം വരും ദൃഷ്ടാന്തങ്ങളിലൂടെ ദൃഷ്ടാന്തങ്ങളെയും ഉപമകളെയും കഥകളെയും നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ മന്ദബുദ്ധിക്ക് യോജിക്കുന്നതുകൊണ്ടാണ് തത്വത്തെ വെളിപ്പെടുത്തുന്നതുകൊണ്ടല്ല കാരണം അവിടെ പലപ്പോഴും ഉപമകളിൽ നിന്നും കഥകളിൽ നിന്നും അതിൽ തത്വം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഗ്രഹിക്കുന്ന തത്വത്തിന് വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു എന്താ അങ്ങനെ സംഭവിക്കുന്നത് തത്വത്തെ ഗ്രഹിക്കുന്നതിന് നമ്മുടെ ബുദ്ധി പരുവക്വമല്ലാതെ വരുമ്പോഴാണ് ഉപമയ അല്ലെങ്കിൽ ദൃഷ്ടാന്തത്തെ നിർദ്ദേശിക്കുന്നത് ഇപ്പൊ പരുവക്വം അല്ലാത്ത ഒരു ബുദ്ധിക്ക് ഉപമയ ദൃഷ്ടാന്തത്തെ നിർദ്ദേശിച്ചാലും എങ്ങനെയാ ബുദ്ധി തത്വത്തെ ഗ്രഹിക്കും അതിൽ നിന്നും അത് ഗ്രഹിക്കുന്നത് ആ ബുദ്ധിയുടെ നിലവാരം അനുസരിച്ചായിരിക്കും തത്വവിരുദ്ധമായ കാര്യങ്ങളായിരിക്കും എന്നാ തഥാ ഇതാ ഇവിടെ അതുപോലെയല്ല നിങ്ങൾ ഈ മാർഗവും ഹിമാലയവും യാത്രക്കാരനും വഴിയും ഇതൊന്നും അല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സാദിലൊക്കെ കുടുങ്ങിക്കിടക്കയാണ് ഇവിടെ എന്താണ് ബ്രഹ്മവിജ്ഞാനം ബെതിരെ വീണ വിഷയം വിജ്ഞാനം നമുക്ക് ദിശ ഇവിടെ ബ്രഹ്മവിജ്ഞാനമല്ലാതെ മറ്റ് സാധനാന്തരങ്ങളൊന്നും ഇവിടെ സാധനാന്തരങ്ങളെക്കുറിച്ചുള്ള ഒരു വിജ്ഞാനവും ഇവിടെ ഉപദേശിക്കുന്നില്ല എന്നുവെച്ചാൽ ഇവിടെ ഹിമാലയത്തിലേക്ക് പോകുന്നതിനുള്ള മാർഗത്തെക്കുറിച്ചല്ല ഉപദേശിക്കുന്നു ഇവിടെ ഹിമാലയത്തെക്കുറിച്ചാണ് ഉപദേശിക്കുന്നത് ചോദിക്കും ഹിമാലയത്തെക്കുറിച്ച് ഉപദേശിച്ചിട്ട് എനിക്കെന്താ പറയുക ഞാനിവിടെയായിരിക്കുന്നത് ഹിമാലയം എത്രയോ ആകല്ലേ അപ്പോൾ ആ എന്നോട് ഉപദേശിച്ചിട്ട് എന്താ കാര്യം എനിക്കത് കാണാൻ പറ്റും ഇവിടെ ഗന്ധാവും ഹിമാലയവും രണ്ടെന്ന് ഉപദേശിക്കുന്നു ഗന്ധാവും ഹിമാലയവും ഒന്നാണോ ഹിമാലയത്തെ പ്രാപിക്കേണ്ടതെന്ന് തന്നെ ഹിമാലയം അപ്പോ ഹിമാലയത്തെക്കുറിച്ച് ഉപദേശം എന്തായി അത് തന്നെ കുറിച്ചുള്ള ഉപദേശമായി തന്നെ കുറിച്ചുള്ള ഉപദേശം സ്വസ്വരൂപത്തെ ഉപദേശത്തിൽ ിക്കേണ്ടതായ ഹിമാലയം പിന്നെ ഇവിടെ അവശേഷിക്കും താനല്ലാതെ അപ്പൊ ആ ഉപദേശം സ്വസ്വരൂപത്തെ വെളിപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ എന്താ സാധനാന്തരം പിന്നെന്താ മാർഗം പിന്നെന്താ പ്രവൃത്തി തന്നെ പ്രാപിക്കുന്നതിന് താൻ എങ്ങോട്ട് നടക്കും എങ്ങോട്ട് സഞ്ചരിക്കും ഹിമാലയത്തെ പ്രാപിക്കണമെങ്കിലും വടക്കോട്ട് സഞ്ചരിക്കും തന്നെ പ്രാപിക്കുന്നതിന് ഏത് ദിക്കിലേക്ക് സഞ്ചരിക്കും തന്നെ പ്രാപിക്കുന്നതിന് താൻ എന്ത് പ്രവൃത്തി ചെയ്യും സാധ്യമല്ല അവിടെയാണ് യുക്തി ഇന്നത്തെ ബ്രഹ്മവിജ്ഞാനം ബെതിരേഖയാണ് സാധനാന്തര വിഷയം വിജ്ഞാനവും ഉപദേശിച്ചതേ അതുകൊണ്ട് മാർഗ ഉപദേശത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ യുക്തിയൊക്കെ ശരിയാണ് അതല്ല ഇവിടെ വിഷയം ഇത്രയൊക്കെ ശിഷ്യനോട് ഏകത്വജ്ഞാനത്തെ ഉപദേശിച്ചിട്ടും ഈ ദൃഷ്ടാന്തങ്ങളിൽ കടിച്ചു തൂങ്ങിയെന്നുകൊണ്ട് തന്റെ മൂടബുദ്ധിക്കനുസരിച്ച് താൻ യുക്തിയുക്തമെന്ന് കരുതുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ അവസ്ഥ തന്റെ ബുദ്ധിയിൽ തന്റെ ബുദ്ധിയുടെ ബലത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിനനുസരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു തത്വം കരുതലാമനകം പോലെ വെളിപ്പെടുത്തി ശ്വറി ഇന്നതാണോ പക്ഷേ അത് തന്റെ അജ്ഞാനത്തെ തന്റെ സംശയത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വെളിച്ചം വന്നാൽ ഇരുട്ട് നശിക്കാതിരിക്കൂല്ല വെളിച്ചം വരുന്നില്ല എന്നർത്ഥം വെളിച്ചം പ്രകാശിക്കുന്നില്ല അതാണ് തകരാറ് വെളിച്ചമെന്നുള്ള ശബ്ദം കൊണ്ട് വെളിച്ചം ചിലപ്പോൾ പ്രകാശിച്ചില്ലെന്ന് പറഞ്ഞു ശബ്ദജ്ഞാനമേ ഉണ്ടാവും വെളിച്ചത്തിനും വെളിച്ചമെന്ന് പറയുന്ന വസ്തു തന്നെ വേണം ആ വിജ്ഞാനം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ആ വിജ്ഞാനം എന്തുകൊണ്ട് സംഭവിക്കുന്നുണ്ട് ശ്രുതി ഉപദേശിച്ചിട്ടും അതിന് സാധനാന്തരങ്ങളെ അപേക്ഷിക്കുക അതെന്ന് പറയുന്നത് വിജ്ഞാനത്തിൻ്റെ ഉത്പത്തിക്ക് സാധനാന്തരം വേണ്ടി വരും അതിനുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിനും അതാണ് ചിത്രശുദ്ധിയും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് മറ്റു സാധനങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ടാണ് വിജ്ഞാനം നേരിട്ട് ആത്മപ്രാപ്തിക്ക് കാരണമാണ് അതാണ് ജ്ഞാനം സാക്ഷാത്കാരം എന്നും മറ്റും പറയുന്നത് വേറൊരു തരത്തിലൂടെ പറയുന്ന ഇവിടെ മറ്റു കാര്യങ്ങളെ കുറിച്ചല്ല ചിന്തിക്കുന്നു ശ്രുതി വിജ്ഞാനത്തെ ഉപദേശിക്കുന്നു ആ വിജ്ഞാനം കൊണ്ട് ശ്രോതാവിന് ആത്മപ്രാപ്തി ഉണ്ടാവുന്നു ഈ രണ്ട് കാര്യങ്ങളിവിടെയുള്ളൂ അതിനൊന്നുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതും കൂടെ ചർച്ച ചെയ്യുന്നു ഇത് തന്നെ മണ്ഡൂക്കിയും ചർച്ച ചെയ്യും സാധനാന്തരം നമ്പർ മറ്റു സാധനങ്ങളൊന്നും വരുന്നില്ല നമ്മൾ മറ്റ് പലതും പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പല സാധനങ്ങൾ അനുഷ്ഠിക്കേണ്ടി അ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വിജ്ഞാനം നമ്മുടെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നില്ല എന്നിട്ട് നമ്മൾ കരുതുന്നു ഞാൻ വിജ്ഞനാണ് ഉപനിഷത്ത് പഠിച്ചു എനിക്ക് ജ്ഞാനമുണ്ട് പക്ഷെ ജ്ഞാനം ഫലം ചെയ്യുന്നില്ല ഇതാണല്ലോ പരാതി സത്സംഗത്തിൽ നിന്ന് ഞാൻ ജ്ഞാനത്തെ ആർജിച്ചു എനിക്കറിയാം ജീവാത്മാവ് പരമാത്മ ഏകമാണ് ഞാൻ ശരീരമെന്ന മനസ്സല്ല ബുദ്ധിയല്ല ഞാൻ എന്ന പ്രാണമന വിജ്ഞാനം ആനന്ദകോശങ്ങളൊന്നുമില്ല ഇതൊക്കെ അറിയാം എന്നുവെച്ചാൽ എനിക്ക് ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമുണ്ട് പക്ഷേ അജ്ഞാനം നശിക്കുന്നില്ല ആത്മപ്രാപ്തി ഉണ്ടാകുന്നില്ല അവിടെ എന്താണ് നമുക്ക് ശബ്ദം ജ്ഞാനമേ ഉണ്ടായിട്ടുള്ളു ആത്മാവ് പോവശം ഇതിന് കുറേ ശബ്ദത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായി അതിനൊരിക്കലും അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിയില്ല പുനുഷത്ത് ഉപദേശിക്കുന്ന ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നതാണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം തന്നെ സംഭവിച്ചില്ല സംഭവിക്കാത്തതുകൊണ്ട് സാധനാന്തരം വേണ്ടിവരുന്നു അതൊന്നും ആത്മപ്രാപ്തിക്ക് വേണ്ടിയിട്ടല്ല മറ്റെന്തെല്ലാം സാധനങ്ങൾ അനുഷ്ഠിക്കുന്നോ ഒരു സാധനവും ആത്മപ്രാപ്തിക്ക് വേണ്ടിയിട്ടല്ല ചോദ്യം വരും സാധനങ്ങൾ അനുഷ്ഠിക്കണോ വേണ്ടേ സാധനങ്ങൾ അനുഷ്ഠിക്കാം പക്ഷെ അത് ബ്രഹ്മത്തോടു കൂടിയായിരിക്കരുത് ആ സാധനങ്ങളെല്ലാം കേവല യോഗ്യതയ്ക്ക് വേണ്ടി മാത്രം ആത്മപ്രാപ്തിക്ക് വേണ്ടിയല്ല എന്തിനുള്ള യോഗ്യത വിജ്ഞാനപ്രാപ്തിക്കുള്ള യോഗ്യത അല്ലെങ്കിൽ വിജ്ഞാനോത്പത്തിക്കുള്ള യോഗ്യത ആ യോഗ്യതയ്ക്ക് വേണ്ടി ബാക്കി എല്ലാ സാധനങ്ങളും അനുഷ്ഠിക്കാം ശ്രവണാദി സാധനങ്ങളും അതിനുവേണ്ടി അനുഷ്ഠിക്കാം ശ്രവണം മനനം നിധ്യാസനം എന്നൊക്കെ പറയുന്നില്ല ഇതും വിജ്ഞാന ഉത്പത്തിക്കുള്ള സാധനം എന്നുള്ള നിലയ്ക്ക് അനുഷ്ഠിക്കാം ആത്മപ്രാപ്തിക്കല്ല ആത്മപ്രാപ്തിക്കോ വിജ്ഞാനം മാത്രം മറ്റൊരു സാധനമില്ല അതാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് വിദ്യ മാത്രം ഉപദേശിച്ചത് ഇവിടെ വിദ്യയെ മാത്രമേ ഉപദേശിക്കുന്നു അദ്വൈതത്തിലെ ഏറ്റവും അമ്മ പ്രധാനമായ ഒരു ഭാഗമാണ് ഈ ഭാഗം മനസ്സിലായാൽ അജ്ഞാനം നശിച്ചു അപ്പോ അദ്വൈതം അങ്ങനെ ധരിക്കരുത് മറ്റു സാധനങ്ങളെ നിഷേധിക്കുന്നില്ല ഏത് സാധനങ്ങളുമാകാം രണ്ട് കാര്യങ്ങളാണ് അത് പറയുന്നത് ഒന്നും അജ്ഞനായ ഒരു സാധനം അനുഷ്ഠിക്കരുത് രണ്ടാമത് എല്ലാ സാധനങ്ങളുടെയും ഫലം എന്താണ് ഉത്പത്തിയാണ് അല്ലാതെ ആത്മപ്രാപ്തിയല്ല ആത്മപ്രാപ്തിക്ക് സാധനങ്ങളൊന്നും ഇല്ല വിജ്ഞാനോത്പത്തി അല്ലാതെ അദ്ദേഹം വ്യക്തമാക്കിയത് ഇരുള് വെളിച്ചത്തിന് ഇരളിനെ നശിപ്പിക്കാൻ മാത്രം ഇരളിനെ നശിപ്പിക്കുന്നതിന് വെളിച്ചം മാത്രം മറ്റൊരു സാധനം ആവശ്യമില്ല തഥാ ഇഹ ബ്രഹ്മവിജ്ഞാനം ബെതിരുകയാണ് സാധനാന്തര വിഷയം വിജ്ഞാനം എന്നുപതീക്ഷ അതുകൊണ്ടിവിടെ വൻഷത്തിൽ എവിടെയാണോ ആത്മതത്വത്തെ കുറിച്ച് പറയുന്നത് വേദത്വം മുഴുവൻ കണക്കിലെടുത്തുകൊണ്ട് പറയുകയല്ല ആത്മവിദ്യ ഉപദേശിക്കുന്നിടത്ത് ഇവിടെ വേദം മുഴുവൻ മനസ്സിലാക്കി വേദത്തിൻ്റെ മർമ്മമായ ഭാഗം ഉപനിഷത്താണെന്ന് മനസ്സിലാക്കി അതിൽ ഏറ്റവും മർമ്മമായിരിക്കുന്ന ആത്മവിദ്യയാണ് അതിൻ്റെ ഫലം ആത്മപ്രാപ്തിയാണോ ഇത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ ധരിച്ചുകൊണ്ട് ഭാഷികാരം പറയുന്നതാണ് നമുക്കതുവരെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ ആവശ്യമാണ് എന്ത് സാധനങ്ങളാണോ അത് പക്ഷെ അതും അജ്ഞതയോടുകൂടി ചെയ്യാൻ പാടില്ല പിന്നെ ഒരുവൻ നിനുഷത്ത് ശ്രമിച്ചു നിന്റെ അജ്ഞാനം നശിക്കുന്നില്ല സംശയങ്ങൾ നശിക്കുന്നില്ല ഭ്രാന്തി നശിക്കുന്നില്ല വെറുതെ താൻ ജ്ഞാനിയാണെന്ന് ഭ്രമിച്ച് സാധനങ്ങളിൽ നിന്ന് പിൻവാങ്ങാനും പാടില്ല അതും മുഖ്യമായ കാര്യം വിജ്ഞാനോത്പത്തി വരെ സാധനങ്ങൾ കൂടിയെത്തി അതുവരെ എന്ത് സാധനവും ശ്രവണമനനാദി സാധനങ്ങളാണോ അല്ലെങ്കിൽ എന്താണോ തൻ്റെ അധികാരിത്വം യോഗ്യത അതിനനുസരിച്ച് എന്ത് സാധനമാണോ അത് ചെയ്യാം പക്ഷേ ആ സാധനങ്ങൾ തുടർന്നേ വിജ്ഞാനോത്പത്തിയും ആത്മപ്രാപ്തിയും തമ്മിൽ അവിടെ ഒരു തരത്തിലുമുള്ള വിളംബം ഇല്ല കാല വിളംബം യത് വിളംബം ഒന്നും ഇവിടെ ഇല്ല അതാണ് പറയുന്നതിൻ്റെ താല്പര്യം ഇന്നത്തെ ബ്രഹ്മവിജ്ഞാനം ബഹിരഹീണ സാധനാന്തര വിഷയം വിജ്ഞാനം അതുകൊണ്ടിവിടെ എന്താണോ ബ്രഹ്മവിജ്ഞാനമല്ലാതെ ഇവിടെ പറയുന്നു തത്ത് മസി അത് ഉപദേശിക്കുന്നത് വിജ്ഞാനത്തെയാണ് ഈ വിജ്ഞാനം അല്ലാതെ സാധനാന്തര വിഷയത്തെ ആത്മപ്രാപ്തിക്ക് വേണ്ടി ഉപദേശിക്കുന്നില്ല മറ്റു സാധനങ്ങളെല്ലാം വിദ്യ ഉത്പത്തിക്ക് വേണ്ടിയാണ് എന്നിട്ടും ഇത് അംഗീകരിക്കാൻ പ്രയാസമാണ് എന്താണ് ഈ വിജ്ഞാനം ഈ പറയുന്ന വിജ്ഞാനം ഇത്രയും കാലം കേട്ടിട്ടും യാതൊരു ഗുണവും വിജ്ഞാനം എന്താണ് ചോദിക്കും ന്യായമായിട്ടും എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല ജ്ഞാനപ്രാപ്തി എന്തുകൊണ്ട് സംശയങ്ങൾ നശിക്കുന്നില്ല എന്തുകൊണ്ട് അജ്ഞാനം നശിക്കുന്നില്ല ആ ചോദ്യങ്ങൾ വീണ്ടും വരും ഈ ചോദ്യങ്ങളെ യുക്തിയിലൂടെ സമാധാനിപ്പിക്കാന്ന് തരുന്നത് എളുപ്പമുള്ള കാര്യങ്ങൾ അതും ഒരു സാധന എന്നുള്ള നിലയ്ക്കാണ് വിദ്യോത്പത്തിക്കുള്ള സാധന എന്നുള്ള നിലയ്ക്ക് വീണ്ടും തന്നെ നിർദ്ദേശിക്കും അതുകൊണ്ട് ചോദ്യകർത്താവ് പറയാണ് ഉപ്ത കർമാതി സാധനാപേക്ഷം ബ്രഹ്മവിജ്ഞാനം പരപ്രാപ്തി സാധനം ഉപദേശിതരിച്ച് പഴയ ചോദ്യമാണ് വേറെ രീതിയിൽ ചോദ്യം ഇവിടെ കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു ഉപാസനകളെക്കുറിച്ച് പറഞ്ഞു അപ്പൊ കർമ്മങ്ങൾ ഉപാസനകൾ തുടങ്ങിയ സാധനത്തോട് കൂടിയ ജ്ഞാനം ഇതെല്ലാം വേണം ആത്മജ്ഞാനവും വേണം കർമ്മം ഉപാസനങ്ങളിതെല്ലാം വേണം കർമാദി സാധനം കർമ്മം ഉപാസനം ആദി ആ സാധനങ്ങളോട് കൂടിയ ബ്രഹ്മവിജ്ഞാനം ആ ബ്രഹ്മവിജ്ഞാനം പരപ്രാപ്തി സാധനം ആത്മപ്രാപ്തിക്ക് സാധനം എന്ന് പറഞ്ഞാലോ അത് ശരിയാണല്ലോ കാരണം തത്വമസിന്ന് ശ്രവിച്ചു വീണ്ടും സംശയങ്ങളും അജ്ഞാനവും ശേഷിക്കുന്നു അതുകൊണ്ടൊരു കാര്യം ചെയ്യാം കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാം അത് നിഷിദ്ധകാമി കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കുന്നില്ല നിഷ്കാമമായ കർമ്മം അനുഷ്ഠിക്കാം ശ്രുതി പറയുന്ന ഉപാസനകൾ ചെയ്യാം ശ്രേഷ്ഠമായ ദിവ്യമായ ഉപാസനകളെ കുറിച്ച് പറയുന്നതൊക്കെ അനുഷ്ഠിക്കാം അപ്പം ഇതും ഈ തത്വമസിന്ന് പറയുന്ന വിജ്ഞാനം കൂടെ ചേർന്നിട്ട് ആത്മലാഭത്തെ ഉണ്ടാക്കിത്തരും അതും നല്ല വ്യക്തിയാണ് കാരണം എന്തായാലും ഇത് തത്വമസീന്ന് ശ്രവിച്ചിട്ട് ഞാനും ഉണ്ടായില്ലല്ലോ അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താം എന്ന് പറഞ്ഞാലോ ഇത് ചേർത്തുന്നോ അതും ശരിയല്ല നിത്യത്വ മോക്ഷസ്വാദിന അപ്രത്യത്വം ഇതൊക്കെ എന്നെയോ ഇതിന് സമാധാനം പറഞ്ഞു കഴിഞ്ഞു വളഞ്ഞ് വളഞ്ഞ് വീണ്ടും ആ ചോദ്യത്തിലേക്ക് മടങ്ങി പോവുകയാണ് കർമ്മങ്ങൾ ഉപാസനകൾ അതിന്റെ ഫലം അതിനെക്കുറിച്ച് ആ ഫലത്തെക്കുറിച്ച് പറഞ്ഞു ആത്മാപ്യം സംസ്കാരം വികാര്യം തുടങ്ങി അതിന്റെ ഫലങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു മോക്ഷം അങ്ങനെയൊന്നുമുള്ളതല്ല മോക്ഷാത്മസ്വരൂപമാണ് അവിടെ കർമ്മങ്ങൾ കൊണ്ടോ ഉപാസനകൾ കൊണ്ടോ ഒന്നും അവിടെ ഒന്നും നേടിയെടുക്കാനില്ല അവിടെ ഒന്നും നീക്കം ചെയ്യാനില്ല ഒന്നും സൃഷ്ടിക്കാനില്ല മോക്ഷം നിത്യമായതുകൊണ്ട് കർമ്മവും ഉപാസനയും ഒന്നും അതിന്റെ സാധനമല്ല നിത്യത്വ മോക്ഷശേഷന അപ്രത്യക്തത്വം ഈ സംശയങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞതാണ് പക്ഷേ ശിഷ്യം കേട്ട് മനസ്സിലാക്കിയതുമാണ് വീണ്ടും സംശയം വരുന്നു പറയുന്നത് വിജ്ഞാനം ആത്മബോധം ആത്മബോധത്തോട് കർമ്മങ്ങളും ഉപാസനകളും കൂടി ചേരുമ്പോ ആത്മപ്രാപ്തി ഉണ്ടാവും അങ്ങനെ നിശ്ചയിക്കുന്നില്ല ആത്മബോധം മറ്റൊന്നിനോടും ചേരുന്നതല്ല ജ്ഞാനകർമ്മണോർ വിരോധം പർവ്വത അകമ്പ്യഹ മുൻപ് പഠിച്ചാണ് നമ്മൾ ഉപനിഷദ് ഭാഷയിൽ ചർച്ച ചെയ്തതാണ് പുന രണ്ടെ കൂട്ടിക്കെട്ടാവത്തില്ല ഇതിനെയാണ് ഞാൻ കർമ്മസമുച്ഛയം എന്ന് പറഞ്ഞ് ഭാഷകാരം നിഷേധിക്കുന്നത് അത് സാധ്യമല്ല അപ്പോ കർമ്മങ്ങളൊന്നും അത് അപേക്ഷിക്കുന്നില്ല തത്തുമത്യ ശ്രവിച്ചോ ആത്മലാഭം ഉണ്ടായില്ല എനിക്ക് സംശയവും അജ്ഞാനവും ഒക്കെ ശേഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ വിജ്ഞാനം ഉണ്ടായില്ല എന്നേ ഉള്ളൂ അതിനർത്ഥം വിജ്ഞാനമാണ് ഈ അജ്ഞാനത്തെയും സംശയത്തേക്കും നശിപ്പിക്കേണ്ടത് അതുണ്ടായില്ല എന്ന ഉണ്ടാകാതിരിക്കുകയെ വിജ്ഞാനത്തോടുകൂടി കർമ്മത്തെ ഉപാസന എങ്ങനെ അനുഷ്ഠിക്കും അജ്ഞനായിരിക്കുന്ന ഒരാൾക്ക് അതെങ്ങനെ കഴിയും അയാൾ വിജ്ഞാനം ഇല്ലല്ലോ ജ്ഞാനകർമ്മ സംശയത്തിന് ജ്ഞാനം വേണ്ടേ അതിന് ജ്ഞാനമേ ഇല്ല പിന്നെ എങ്ങനെ കർമ്മത്തോട് അതിനെ സംശയിക്കും അവർ ഇപ്പോൾ എനിക്ക് ഞാൻ പുരുഷത്തു കേട്ടല്ലോ ശ്രവണമല്ല വ്യത്യാസങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പം ജ്ഞാനമുണ്ട് ഈ ജ്ഞാനത്തോടൊപ്പം തന്നെ കുറച്ച് ഉപാസനകൾ ധ്യാനവും എന്ന കൂടെ ചേർത്താലോ ചേർത്താലോ ഇതാണ് സംശയം ഇത് ജ്ഞാനമല്ല എന്നുള്ളൂടെ സംശയം ഇരിക്കുന്നു ഇതാണ് സംശയം എനിക്ക് ജ്ഞാനമുണ്ട് ഈ ജ്ഞാനത്തോടുകൂടി ഞാൻ കർമ്മത്തെ ചേർക്കുന്നു ചേർത്താൽ ആത്മലാഭം ഇതാ സംശയം അപ്പൊ ജ്ഞാനം ഈ ഒരു സംശയം ഉണ്ടാകത്തില്ലായിരുന്നു അജ്ഞാനകാര്യമാണ് ഈ സംശയം അജ്ഞാനം നശിച്ചിട്ടില്ല ഇതിനല്ല ജ്ഞാനെന്ന് പറയുന്നത് ഉപനിഷത്ത് ശ്രവണം കൊണ്ട് തത്വമസീന്നുള്ള ഉപദേശം കൊണ്ട് എന്തോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അജ്ഞാനത്തെ നിശ്ചയിക്കുന്നുവെന്നെന്തോ അത് ആ ജ്ഞാനം ഉണ്ടായില്ല അതുണ്ടാകാത്തത് കൊണ്ട് പിന്നെന്താണ് എന്തോ കുറച്ച് ജ്ഞാനങ്ങളുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ധരിച്ചിട്ടുണ്ട് ആ കർമ്മമോ ഉപാസനയോ എന്ത് വേണോ ആകാൻ കുഴപ്പമൊന്നുമില്ല അതൊന്നും ആത്മവിജ്ഞാനമല്ല ആത്മവിജ്ഞാനത്തിനോട് കർമ്മത്തെ ഒന്നും കൂട്ടിക്കെട്ടാൻ സാധ്യമല്ല ഭാഷകാരം വ്യക്തമായി പറയുന്നു ഉക്തകർമാതി സാധനാപേക്ഷം ബ്രഹ്മവിജ്ഞാനം പരപ്രാപ്തവും സാധനവും പ്രതിഷേധിച്ച് ന നിത്യത്വ മോക്ഷ്യസിദിനെ നിഷേധിച്ചു കഴിഞ്ഞ കാര്യമാണ് പക്ഷെ മനസ്സിലായിട്ടില്ലെന്നേ ഉള്ളൂ ശ്രുതിഷ്ഠ തസൃഷ്ടനുപ്രാവശ്യതിരി കാര്യസ്ഥ തദാത്മത്വം ദർശയി ഇവിടെ ശ്രുതി എന്താ പറയുന്നത് സൃഷ്ടനുപ്രാവശ്യ സൃഷ്ടിച്ചവൻ തന്നെ അനുപ്രവേശിച്ചു എന്നാ കാരണം ഈ വിപുലമായിരിക്കുന്ന ജീവന്റെ ദൃഷ്ടി അതിവിപുലമായിരിക്കുന്ന പ്രപഞ്ചം പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ് പച്ചവിസ്താരേ ഏറ്റവും വിസ്തൃതമായിരുന്നു അനന്തമായത് ഇതിനാരാണോ സൃഷ്ടിക സൃഷ്ടിച്ചത് ആ സൃഷ്ടികർത്താവ് തന്നെയാണ് ഈ സൃഷ്ടീരിക്കുന്നത് തഥൈവനുപ്രാവശ്യം അതായത് ഇതിനേക്ക് കടന്നു വരാൻ വേറൊരാളില്ല ഈശ്വരൻ ഇതിനെയൊക്കെ സൃഷ്ടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ചെകുത്താന പിടിച്ച് കേട്ടാൻ പറ്റും പറ്റത്തില്ലല്ലോ എന്തുകൊണ്ട് ഈശ്വരൻ സൃഷ്ടിച്ചെങ്കിൽ അത് ഈശ്വരൻ തന്നെ സർവവും ഈശ്വരനിൽ നിന്നാണ് ഉണ്ടായത് ഈശ്വരനല്ലാതെ വ്യത്യസ്തനവർ ചെലുത്താനും നിൽക്കാൻ ഇടമില്ല സാധ്യതയുമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈശ്വരൻ പൂർണ്ണനല്ലെന്ന് വരും ഈശ്വരൻ അപൂർണനായതുകൊണ്ടാണ് ചെലുത്താൻ അവിടെ ഇടം കിട്ടിയത് പൂർണൻ ഈശ്വരനാണെങ്കിൽ പിന്നെ ഇങ്ങനെ ചെലുത്താൻ സ്ഥലം വരുന്നത് അപ്പം അതും തന്നെ ദേവനും അസുരനും ഈശ്വരൻ തന്നെ എന്തുകൊണ്ട് തദ്വ സൃഷ്ടിച്ചവൻ ഇവിടെ പ്രവേശിച്ചിരിക്കുകയാണ് തത് സത്യം ആത്മാ തത്ത് മസിതഗേതു തത് തതേവ അനുപ്രാവശ്യ തത് സൃഷ്ടുവ ആ തത്തിനെ കുറിച്ചാണ് പറയുന്നത് ആ തത്ത് അത് സൃഷ്ടിച്ചിട്ട് അത് തന്നെ പ്രവേശിച്ചിരിക്കുന്നു അപ്പൊ തത്വം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം അത് തന്നെ ഏതാണോ സൃഷ്ടിച്ചത് അത് തന്നെയാണ് എന്നാണ് പറയുന്നത് അതിന് വേറെന്താർത്ഥം പറയാൻ പറ്റും എന്ന് ശ്രുതി വ്യക്തമായി പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് കാര്യ സസ്യ കാര്യമീ ശരീരം ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ തദാത്മത്വം തത് സ്വരൂപമാണോ എന്നല്ലേ പറയുന്നത് അപ്പം ഇത് ഹിമാലയവും അവിടുത്തെ യാത്രക്കാരനും പോലെയാണോ വൈകുണ്ഠവും കൈലാസവും അവിടെ പോകുന്ന ഭക്തനെയും പോലെയാണോ ഇത് അല്ല ശ്രുതി പറയുന്നതിന് മുഖ്യ അർത്ഥത്തിലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ താല്പര്യത്തെ മനസ്സിലാക്കിയാൽ മനസ്സിലാവും സൃഷ്ടികർത്താവ് തന്നെ ഈ സൃഷ്ടിയിലിരിക്കുന്നു സൃഷ്ടിയായിരിക്കുന്നതും സൃഷ്ടികർത്താവായിരിക്കുന്നതും ഒരാൾ തന്നെ അങ്ങനെയാണെങ്കിൽ ആ വിജ്ഞാനമാണ് ഇവിടെ ഉപദേശിക്കുന്നത് ആ വിജ്ഞാനം ബോധിപ്പിക്കുന്നത് എന്തിനാണ് ആ ശ്രോതാവിന്റെ സ്വരൂപത്തെയാണ് ആ ശ്രോതാവിന്റെ സ്വരൂപത്തെ എങ്ങനെ ബോധിപ്പിക്കുന്നു അപരോക്ഷ സാക്ഷാത് അപരോക്ഷമായ പരമാത്മസ്വരൂപമായി ബോധിപ്പിക്കുന്നു ആ ബോധത്തിൽ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാന സംശയങ്ങളും നശിക്കുന്നു അതെല്ലാം മറ്റൊന്നും സംഭവിക്കത്തില്ല അവൻ സാക്ഷാത്കരിക്കുന്നുണ്ടാണ് തത് സൃഷ്ടപ്രാവശ്യം സൃഷ്ടിച്ചവൻ തന്നെ ഇവിടെ പ്രവേശിച്ചിരിക്കുന്നു അത് ആണ് സാക്ഷാത്കാരമെന്ന് പറയുന്നു അവിടെ പിന്നെന്ത് ചെയ്യാനാണ് എന്താ പ്രവർത്തിക്കുന്നത് എങ്ങനെ സാധ്യമാകും ആര് പ്രവർത്തിക്കും സ്വസ്വരൂപത്തെ ബോധ്യപ്പെട്ടാൽ പിന്നെ പ്രവർത്തിക്കുന്ന ഈമാലയവും യാത്രക്കാരനും പോലെയല്ല അഭയപ്രതിഷ്ഠ ഉപദേഷ്ടമാത്രമല്ല അഭയം ബിന്ദത അഭയത്തെ പ്രാപിക്കുന്നു ജ്ഞാനത്തെ പ്രാപിച്ചവൻ അഭയത്തെ പ്രാപിക്കുന്നു എന്ന് പറയും ജ്ഞാനം കൊണ്ട് ആത്മലാഭം ഉണ്ടായാലേത് പറയാൻ പറ്റും ആത്മലാഭം എന്ന് പറഞ്ഞാൽ സ്വരൂപലാഭം തന്നെ കുറിച്ചുള്ള ബോധം അതാണ് ആത്മലാഭം എന്ന് പറയും തന്നെ സംബന്ധിച്ചുള്ള സംശയ അജ്ഞാന സംശയ വിവരങ്ങൾ മാറുക എന്നുള്ളതാണ് അതുകൊണ്ട് പറയുന്നു അഭയത്തെ അവൻ പ്രാപിച്ചിരിക്കുന്നു അഭയപ്രതിഷ്ഠ ഉപദേശിച്ച യ വിദ്യാൻ സ്വാത്മനോ അന്യത്ര പശ്യതി തതിഷ്ഠ വിന്തരി ഭയഹേതോ പരസ്യ പശ്യത്തിൻ തീന് ശ്രവിച്ചവൻ ജ്ഞാനത്തെ പ്രാപിച്ചവൻ അവൻ സ്വാത്മനോ അന്യം പശ്യതി അവൻ മറ്റൊന്നിനെയും കാണുന്നില്ല സർവ സ്വാത്മാവായി തന്നെ കാണുന്നു സ്വസ്വരൂപമായി കാണും സ്വസ്വരൂപത്തിൽ സർവത്തെയും കാണും ദ്വന്ദ്വാത്മകമായ പ്രപഞ്ചത്തെ മുഴുവൻ സ്വസ്വരൂപത്തിൽ കാണും അങ്ങനെ കാണുന്നവൻ അന്യെന്ന പശ്ചിതി മറ്റൊന്നിനെയും കാണുന്നില്ല അഭയം പ്രതിഷ്ഠാ ഇവിടെ കൈത്തലീത്യത്തിൽ തന്നെ പറയുന്നവൻ അഭയപ്രതിഷ്ഠിതനായിത്തീരുന്നു അവൻ അഭയത്തിന് പ്രതിഷ്ഠിതനായിത്തീരുന്നു അഭയസ്ഥിതനായിത്തീരുന്നു ഇത് സ്യത് ഭയഹേതു പരസ്യ അന്യസ്യ അവനെ സംബന്ധിച്ച് ഭയഹേതുവായ അന്യനില്ല ഇവിടെ പറയും വ്യാഖ്യാനത്ത് ഈശ്വരനും ഭയഹേതുവാണോ ഈശ്വരന്റെ ശിക്ഷാ രക്ഷകളെ കുറിച്ച് ചിന്തിക്കുന്നു ഭയക്കുന്നു അന്യനായ ഈശ്വരനെ കാണുന്നവന് ഭയുണ്ടാകും ഭക്തന്മാർ ചെവി പത്തിക്കൊള്ളണം അദ്വൈതമാണ് പറയുന്നത് ഈശ്വരനെ അന്യനായി കണ്ടുകഴിഞ്ഞാൽ ഭയം വരും ശ്രുതി കഥ പറഞ്ഞു എന്താണ് ഈശ്വരനെ ശിക്ഷിക്കും ആ ഭയം ആ ഭയം നല്ലതല്ലേ എന്ന് ചോദിക്കും അത് നല്ലതാണ് ചോദിക്കുന്നവനത് നല്ലതാണ് പോത്തിന് തല്ലുന്നതിന് നല്ല മുട്ടൻ തടി വേണ്ടതെന്ന് ചോദിക്കുന്നു പോലെ പോത്തിനത് ആവശ്യമാണ് എന്നാലും നേർ വഴിക്ക് നടക്കത്തുന്നു അത് ഈശ്വര ഭയം നല്ലതാണ് പക്ഷെ ഇവിടെ അതിനെ കുറിച്ചല്ല പറയുന്നത് ഇവിടെ പറയുന്നത് തത്വത്തെ കുറിച്ച് പറയുന്നത് പരമാർത്ഥ തത്വത്തെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ് അവിടെ ഭയഹേതവോ ഭയഹേതുവായ ഒരു ഈശ്വരനില്ല പരസ്യ അന്യനായ പരൻ ഈശ്വരൻ അവിടെ ഇല്ല അതുകൊണ്ട് വിദ്വാണ് ഞാൻ ഭയമില്ല എന്തുകൊണ്ട് അന്യ എന്ന പശ്യതി അന്യമായി കാണുന്നില്ല ഈശ്വരനുമില്ല ജീവനുമില്ല ഞാനീടെ വാസ്തുസ്ഥിതിയെ ബോധിപ്പിക്കുകയാണ് പരസ്യാന്യസ് അഭാവ വിശദീകരിക്കുന്നു അന്യസ അവിദ്യവൃത വിദ്യയാവസ്തുവർശനോപത്തിയ ചന്ദ്രസം ആ തൈമിരിഗേണ ചക്ഷുഷ നൃത്തെ അന്യസ അവിദ്യവൃതെ വിദ്യയാ അവസ്ത്വദർശനോത് ഇത് പറയുന്നത്ര ലഘുവായ കാര്യമല്ല ഈശ്വരനില്ല ഈശ്വരനെ ഭയക്കേണ്ട ആവശ്യമില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തനെ സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ സഹിക്കും ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടി നിരന്തരം ജപിക്കുകയും ധ്യാനിക്കുകയും സാധനങ്ങൾ അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ഈശ്വരനെ ഭയക്കുണ്ടോ ഈശ്വരൻ വേറെ ഇല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെല്ലാം കഴിഞ്ഞില്ലെങ്കിൽ കരയും ഇങ്ങനെ ചെയ്ത് കേൾക്കേണ്ടി വന്നല്ലോ ഈശ്വരൻ എന്തെയാണല്ലോ ഒന്നു അതിനസിലാക്കേണ്ടത് ഇവിടെ മഷകാരൻ പറയുന്നത് എന്താണോ അന്വേഷിച്ച അവിദ്യാകൃതത്വേ ഇവിടെ ആത്മവിദ്യയിൽ തത്വജ്ഞാനിയുടെ നിലയെക്കുറിച്ച് പറയുകയാണ് അജ്ഞന്റെ നിലയെക്കുറിച്ചല്ല അജ്ഞന് ഈശ്വരനുണ്ട് ഈശ്വരനെ കുറിച്ചുള്ള ഭയം നല്ലതാണ് സന്മാർഗത്തിൽ ചലിക്കുന്നതിന് ധർമ്മം നിഷ്ടനാകുന്നതിന് ഒരുവിന് ഈശ്വര നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത് രണ്ടും കൂടെ കൂട്ടിക്കുഴകരുത് അദ്വൈതം എന്താണെന്ന് പിടികിട്ടേയില്ല സാരമില്ല പിടിയിട്ടില്ല ഉള്ള ഈശ്വര വിശ്വാസം നഷ്ടപ്പെടാതെങ്കിലും ഇരിക്കണല്ലോ അതും കൂടെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും ഈശ്വരനുമല്ല അദ്വൈതമില്ലെന്ന് വന്നു കഴിഞ്ഞാൽ പെരുവഴിയാകും വഴിയാധാരമാകും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതല്ല ഞാൻ എല്ലാത്തിൻ്റെയും തലതിരിച്ച അവസാനം പരാതിയും വരാം ഇതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ അതിനുവേണ്ടി പ്രത്യേകമായി പറയുന്ന എന്താണ് അന്വേഷ അവിദ്യാകൃതത്വേ പക്ഷകാര്യം പറയുന്നു ആത്മഭിന്നമായ സർവ്വതും അവിദ്യാകൃതമാണെങ്കിൽ ആത്മഭിന്നമെന്ന് പറയുമ്പോൾ ഈശ്വരനെടുക്കുന്ന നോക്കത്തിൽ എന്തുകൊണ്ട് ഈശ്വരനാണ് ആത്മാവെന്ന് പറയുന്നത് ആത്മഭിന്നം എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കരുത് ഞാനൊഴുകിയ നീയും മറ്റവനുമൊക്കെ അവിദ്യാകൃതം ഞാൻ മാത്രം അതല്ല അങ്ങനെയല്ല ആത്മഭിന്നമെന്ന് പറയുമ്പം ഈശ്വരൻ വരത്തില്ല അന്യസ്യ ആത്മതത്വം ഒഴികെയുള്ള അത് തന്നെയാണ് ഈശ്വര തത്വം അതൊഴികെയുള്ള സർവ്വവും അവിദ്യാകൃതത്തെ അവിദ്യാകൃതമാകുമ്പോൾ ഈശ്വരൻ അവിദ്യാകൃതമല്ല ഈശ്വരൻ അവിദ്യാകൃതം എന്നല്ല ഇവിടെ പറയുന്നത് എന്താണ് അത് പരമാത്മ സ്വരൂപമാണ് അത് വ്യക്തമായി മനസ്സിലാക്കില്ലെങ്കിൽ തലതിരിഞ്ഞു പിന്നെ രക്ഷ അന്യമായതിനെല്ലാം അവിദ്യാകൃതമായി സ്വീകരിക്കുക അദ്ദേഹം അനുസരിച്ച് ആത്മസ്വരൂപഴികളെ സർവതും അവിദ്യാകൃതമാകുമ്പോ വിദ്യയാ അവസ്ഥത്വ ദർശന ഉപത്തി എന്ത് ചെയ്യുന്നു ജ്ഞാനം കൊണ്ട് സർവത്തെയും അവസ്ഥയായി കാണുന്നു അവസ്ഥ മിഥ്യ അവിദ്യകാര്യമായി കാണുന്നു അതിനാണ് യുക്തി അവിടെയാണ് യുക്തി എന്ന് പറയുന്നത് അല്ല ഈശ്വരൻ മിഥ്യം തന്നെ ഇവിടെ പഠിപ്പിക്കുന്നു ഞാൻ സത്യം ഈശ്വരൻ മിഥ്യെന്നല്ല അന്യമായ സർവ്വതും ഈശ്വരനെ അന്യമാക്കാൻ ഒക്കത്തില്ല അതാണ് പറയുന്നത് തത്വമസിശ്വരൻ അങ്ങനെ അന്യമാവും ഈശ്വരനെ അന്യമാക്കാൻ മറിച്ച് എല്ലാം വിദ്യാകൃതമാണ് ആത്മതത്വം ഒഴിയുള്ള സർവ്വത് അപ്പോൾ വിദ്വാൻ തന്റെ വിദ്യകൊണ്ട് എന്തു ചെയ്യുന്നു സർവത്തെയും അവസ്ഥവായി കാണുന്നു അപ്പോ വിദ്വാന്റെ വിദ്യയുടെ നിലയിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യത്തെ പറയുന്നത് ഒരിക്കലും ഈ തത്വത്തെ അജ്ഞന്റെ നിലവാരത്തിലേക്ക് വരച്ച് താഴ്ത്തി മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയാൽ അദ്വൈതവും പിടികിട്ടത്തില്ല ദ്വൈതവും പിടികിട്ടത്തില്ല അത് വ്യക്തമായ ഉദാഹരണത്തിലൂടെ പറയുന്നു ദ്ധീയ ചന്ദ്ര അസത്വം അതൈമരികേണ ചുഷ് നഗ്യത ഉള്ളവൻ ആകാശത്തിലേക്ക് നോക്കിയാൽ രണ്ട് ചന്ദ്രനെ കാണും അല്ലെങ്കിൽ നമ്മുടെ കൺപോളയിൽ വേറെ അമർത്തി നോക്കിയാലും മതി രണ്ട് ചന്ദ്രനെ കാണാം രണ്ടോ മൂന്നോ അവർ കാണും ണാറുണ്ട് പക്ഷേ ആ തൈമിരികയാണ് ചഷതാ തിമിരമില്ലാത്തവനത് കാണാൻ പറ്റത്തില്ല ഇന്ന ഗൃഹീതേ അതാണ് വലിയ വ്യത്യാസം ജ്ഞാനിയും അജ്ഞാനീ തമ്മിലുള്ള വ്യത്യാസം ജ്ഞാനിയുടെ നിലയിൽ നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളെ അജ്ഞന്റെ നിലയിൽ നിന്നുകൊണ്ട് ജ്ഞാനി ജ്ഞാനം എന്നുള്ളതിനൊക്കെ വിട്ടിട്ട് ഗ്രഹിച്ചുകളെ അങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഈശ്വരൻ നിഷേധമായിക്കും അപ്പൊ ഈശ്വരനെ ഭയക്കുണ്ടാവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ എനിക്ക് ഈശ്വരനെയും ഭയമില്ല മുമ്പ് തന്നെ ലോകത്തിലാരെയും ഭയം ഈശ്വരനെയും ഭയക്കാതായി കഴിഞ്ഞാൽ പിന്നെന്തായിരിക്കും സ്ഥിതി അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ്വിതീയ ചന്ദ്രൻ തിമിരമുള്ളവനുണ്ട് രണ്ടാമതൊരു ചന്ദ്രനും കൂടി ആകാശത്തിനുണ്ട് പറയുന്നൊരു താല്പര്യമില്ലേ ഉള്ളൂ ആ തിമിരം പിടിച്ചവനോട് പറയാണ് ആ രണ്ടാമത്തെ ചന്ദ്രനെ തിമിരയില്ലാത്ത ഞാൻ കാണുന്നില്ല ഇതാണ് ഞാനിൻ്റെ അഭിപ്രായം അല്ലാതെ തിമിരമുള്ള നീ രണ്ടാമത്തെ ചന്ദ്രനെ കാണുന്നില്ലെന്നല്ല പറയുന്നത് ആണ് എൻ്റെ വ്യത്യാസം വിദ്യ അവസ്ഥത്വ ദർശനം എന്ന് പറയുന്നതാണ് ആത്മാവഴികെയുള്ള സർവവും മിഥ്യ കൊണ്ട് അവസ്തുവാണെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം നിനക്ക് മിഥ്യെന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചം എനിക്ക് മിഥ്യ എന്തുകൊണ്ട് അവിടെ വിദ്യയുണ്ട് ആത്മാവഴുകിയുള്ള സർവവും അവസ്ഥ ആണ് പരമാർത്ഥമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമാണ് അജ്ഞനെ സംബന്ധിച്ച് ഞാൻ നീ എന്നൊക്കെ പറയുന്നത് ഞാൻ വ്യക്തിനിഷ്ഠമായി പറയുന്നില്ല ഞാനീ അജ്ഞാനി എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ് ഞാനീ സംബന്ധിച്ചിടത്തോളം എന്താണ് അവസ്ഥ ആണ് സർവവും എന്ന് അജ്ഞനോട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അജ്ഞനെ സംബന്ധിച്ച അവസ്ഥന്നല്ല അജ്ഞനെ സംബന്ധിച്ച് സത്യമാണ് അത് അജ്ഞൻ സ്വയം ഏറ്റുപറയാണ് നൈവെന്ന ഗൃഹീയതയിൽ ചെയ്തു നിങ്ങളീ പറയുന്നത് പോലെ പ്രപഞ്ചത്തെ അവസ്ഥയായി ഞാൻ കാണുന്നില്ല ദ്വീയ ചന്ദ്രനെ ഞാൻ കാണുന്നുണ്ട് പിന്നെ ഇതൊക്കെ എങ്ങനെ ശരിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറെയാണ് ഞാനൊരു എളിയ ഭക്തനാണ് ഈശ്വരൻ വേറെയാണ് ഞാൻ ഈശ്വരനെ ഭജിക്കുന്നുണ്ട് ഈശ്വരന്റെ കൃപ എനിക്ക് ആവശ്യമാണ് അതിനുവേണ്ടി ഞാൻ സന്മാർഗത്തിൽ ജീവിക്കുന്നു ആരാധിക്കുന്നു ഭജിക്കുന്നു ഇതൊക്കെ എൻ്റെ നിലയാണ് അങ്ങ് പറയുന്നത് പോലെ ഞാനും പരന് ഒന്നാണ് എന്നുള്ള ഭാവമൊന്നും എനിക്കില്ല നെയ്യുന്ന ഗൃഹി രീതിച്ച് ഞാൻ കണ്ണ് തുറന്നാ കാണുന്ന എന്താണ് ഇതൊക്കെയാണ് കാണുന്നത് ഭേദമേ കാണുന്നുള്ളൂ അഭേദം ഒരിടത്തും കാണുന്നില്ല ഇവിടെ അഭേദം കാണുന്നത് എന്തിലാണ് അഭേദം കാണുന്നത് പ്രാപഞ്ചികമായ അഭേദമില്ല പിന്നെ ആത്മാവ് ഞാൻ ആത്മാവ് പേര് നീ പേര് അങ്ങനെയാണ് കാണുന്നത് ഇതെങ്ങനെ മനസ്സിലാക്കും ഇങ്ങനെ ഒരു അഭേദത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ചോദിക്കുന്നത് നൈബന്യം ഗൃഹിത അങ് ഉപദേശിക്കുന്നത് പോലെ അങ്ങ് വിളമ്പുന്ന ഈ വിജ്ഞാനം എനിക്കും ഒരു അനുഭവത്തിലുമില്ല നൈബന്യം ഗൃഹിതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ കാണുന്ന ഭേദമാണ് ഞാൻ രണ്ടാമത് ഒരു ചന്ദ്രനെ കൂടെ കാണുന്നുള്ളൂ അങ്ങനെ ഇല്ലെന്ന് താങ്കൾ പറയും പക്ഷെ എൻ്റെ അനുഭവത്തിലില്ല അക്കാര്യത്തിൽ ഞാൻ അജ്ഞനാണ് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഈശ്വരനും പരനും പരനും ഞാനും വേറെ തന്നെയാണ് എന്തുകൊണ്ട് എൻ്റെ അനുഭവം എന്ന് പറയുന്നത് എന്താണ് ജാഗ്രത ബാക്കിയെല്ലാം പോട്ടെ സ്വപ്നം സുഷൃത്തി സുഷൃത്തി വിടാം ജാഗ്രത സ്വപ്നങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുമ്പോഴെല്ലാം എൻ്റെ അനുഭവം ഭേദമാണ് ആ ഭേദം ഉപനിഷത്ത് ശ്രവിച്ചിട്ടും ആ ഭേദം തന്നെയാണ് വേദാന്തമൊക്കെ അഭ്യസിച്ചിട്ടും അതുതന്നെയാണ് ഗുരു ഉപദേശിച്ചിട്ടും അതുതന്നെയാണ് അനുഭവത്തിന് നിരക്കാത്ത കാര്യമാണ് തത്വജ്ഞാനി പറയുന്നത് എന്നിട്ട് ബലമായിട്ട് അടിച്ചേൽപ്പിക്കുകയാണ് ബ്രെയിൻ വാഷ് ചെയ്യും ഇത് ശരിയല്ലെന്നാ എങ്ങനെ ശരിയാവും ഇത് ചെയ്യുന്ന അത് ശരിയല്ല സുപ്തസമാഹിതയോരഗ്രഹണ പറയുന്നു നിന്റെ അനുഭവത്തിൽ തന്നെയുണ്ട് ഏകത്വം അഭേദം അനുഭവത്തിലുണ്ട് ഒന്ന് സർവസാധാരണമായ അനുഭവം സുശക്തി രണ്ടാമത് സമാഹിതന്റെ ഏകാഗ്രതയുള്ള അവിടെ എന്താണ് അവൻ രണ്ടാമത് ചന്ദ്രനെ കാണുന്നില്ല പറഞ്ഞത് രണ്ടാമത് കാണുന്നുണ്ടെന്ന് നീ തന്നെ നീ ഏകാഗ്രതയെ പ്രാപിച്ചിരിക്കുന്ന സമയത്ത് സമാഹിതൻ എന്നു വെച്ചാൽ മനസ്സ് ഏകാഗ്രപ്പെട്ടവനും നടത്തും മനസ്സിന്റെ ഏകാഗ്രതയാണ് നമ്മൾ സമാധി എന്ന് പറയുന്നു ആ മനസ്സ് ഏകാഗ്രപ്പെട്ടിരിക്കുമ്പോഴും ഉറക്കത്തിന് ഈ രണ്ടേ പറയാൻ പറ്റും ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടും ഒരുപോലായിരുന്നു ഒരുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രഹണത്തിന് ഒരുപോലെ മറ്റൊന്നിനെ ഗ്രഹിക്കാതിരിക്കുക മനസ്സ് വളരെ ഏകാഗ്രമായി സമാധിയിലേക്ക് പ്രവേശിച്ചാലും മറ്റൊന്നും ഗ്രഹിക്കുന്നില്ല സഹജമായി സുഷുത്തിയിൽ പോയാലും മറ്റൊന്നും ഗ്രഹിക്കുന്നില്ല പറയുന്നു ഞാനെപ്പോഴും ദ്വിതീയ ചന്ദ്രനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനെപ്പോഴും ഭേദത്തെ ദർശിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അങ് അഭേദത്തെയാണല്ലോ ഉപദേശിക്കുന്നത് എന്നതിന് മറുപടി പറയാണ് നീയും ഭേദത്തെ ഗ്രഹിക്കുന്നില്ല നിന്റെ അനുഭവത്തെ തന്നെ ഉണ്ട് അത് ചിന്തിക്കുന്നില്ല എന്നേ ഉള്ളൂ അനുഭവം ഉണ്ട് ചിന്തയല്ല അതാണ് സുഷുതി അല്ലെങ്കിൽ ഏകാഗ്രതയിൽ അത് യോഗികളുടെ ഏകാഗ്രതയാകാം അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഏതെങ്കിലും തരത്തിലൊരു ഏകാഗ്രതയാകാം ശ്രുതിയിൽ പറയും ഇഷുകാരന്റെ ദൃഷ്ടാന് ഇഷുകാരൻ എന്നുവെച്ചാൽ അമ്പിനെ മൂർച്ച കൂട്ടുന്നവൻ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട പണിയാണത് മൂർച്ച കൂടിപ്പോയാൽ ഒടിഞ്ഞു പോകും ലക്ഷ്യത്തിൽ ഭേദിക്കുമ്പോൾ അത് ഒടിഞ്ഞ നാശമായി പോകും മൂർച്ച ശരിയായി വന്നില്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്യത്തെ ഭേദിക്കത്തില്ല മുറിയത്തില്ല അതുകൊണ്ട് ഇഷുകാരൻ വളരെ ഏകാഗ്രതയോടുകൂടി അമ്പിന്റെ അറ്റം കുർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവും പരിവാരങ്ങളും തന്റെ പണിപ്പുരയുടെ മുൻപിൽ കടന്നുപോയി ഇഷുകാരൻ അറിഞ്ഞില്ല വലിയ കോലാഹലത്തോടു കൂടിയാണ് കൊമ്പും ആർപ്പുപിളിയും കൊമ്പുപിടിയും പോയത് പക്ഷേ അവിടെ ഏകാഗ്രതയ്ക്ക് ഉദാഹരണം പറയുന്നത് യോഗിയുടെ സമാധിയുള്ള വൻശത്ത് പറയുന്നത് വിഷുകാരന്റെ മനസ്സിന്റെ ഏകാഗ്രതയാണ് അത് സമാധിയേക്കാളും വലിയ സമാധിയാണ് തന്റെ മുമ്പിലൂടി വലിയ കോലാഹലത്തോടുകൂടി ചതുരങ്കപ്പടയോടുകൂടി കടന്നുപോയെന്നാണ് കടന്നുപോയി കഴിഞ്ഞപ്പോട്ട് പറയെ ഒരാൾ വന്ന് ചോദിച്ച് വിഷുകാരനോട് ഇതുകൂടി രാജാവും പരിവാരങ്ങളും കടന്നുപോയോ ഞാൻ അറിഞ്ഞില്ല വിഷുകാരൻ്റെ അതൊന്നും അറിഞ്ഞില്ല എന്തുകൊണ്ട് അയാളുടെ ശ്രദ്ധ മുഴുവൻ നാം വിഷുവിന്റെ അഗ്രഹത്തിലായി അതാണ് സമാഹിതനെന്ന് പറയുന്നത് സുഷുപ്തിട്ടൊരു ചെറിയ വ്യത്യാസമുണ്ടവിടെ ഒന്നിൽ ഏകാഗ്രത വന്നതുകൊണ്ട് മറ്റുള്ളവെല്ലാം പറഞ്ഞു യോഗിയെപ്പോലെ യോഗി ധ്യേയമായ വസ്തുവിൽ ഏകാഗ്രപ്പെടുത്തുമ്പോ തന്റെ മനസ്സിൽ നിന്ന് ബാക്കിയെല്ലാം പറഞ്ഞു പോകുന്നു വിഷുതായിരുന്നു അതിങ്ങനെ സംഭവിച്ചത് ശബ്ദപോലാഹാരവും ഒന്നും അറിഞ്ഞില്ല അത് സമാതിന് ഉദാഹരണം പറയുന്നതാണ് അതുപോലെ സുഷുത്തൽ അതിനെനി സമാധാനം പറയുന്നു അതിനെ വിശദീകരിക്കുന്നു